guru varamare sri sriso mandape vanshat indaida paravanna kare paktavanta kare h 9 9 marane sambhave chayava vatti agamanayor api stito sarva shariresu കഴിഞ്ഞ കാര്യത്തെ ഒന്നും ഘടകാശ ജന്മനാശമ ആഗമനസ്ഥിതികർവശരീരേഷു ആത്മനോ ജന്മമരണാതിർ ആകാശന അവലക്ഷണ പ്രത്യേക ഇതെല്ലാം നമ്പ് കാര്യങ്ങളിൽ പറഞ്ഞതാണ് ഘടാകാശ ജന്മ നാശഗമന ആഗമന സ്ഥിതി പാത്രത്തിനുള്ളിലുള്ള ആകാശം അതിന്റെ ജന്മത്തെക്കുറിച്ച് പറയാം കാരണം പാത്രം നിർമ്മിക്കുന്നതുവരെ പാത്രത്തിന്റെ ഉള്ളിൽ ആകാശം ഉണ്ടായിരുന്നില്ല പാത്രത്തിന് ഇടം അതുണ്ടായിരുന്നില്ല പാത്രത്തെ സൃഷ്ടിച്ചപ്പോ അൊരു ഇടവും ഉണ്ടായി അതുകൊണ്ട് അങ്ങനെ ഒരു ഇടം ഉണ്ടായതായി പറയാം ആ പാത്രത്തെ നശിപ്പിച്ചാൽ പാത്രത്തിന്റെ ഉള്ളിൽ ഒരാകാശം എന്ന് പറയാൻ നിവർത്തിയില്ല അതുകൊണ്ട് ആകാശം നശിച്ചു എന്ന് പറയാം ഗമനം ആ പാത്രത്തെ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അതിന്റെ ഉള്ളിന് ആകാശവും ചലിച്ചു എന്ന് പറയാം ഒരു സത്യമേണ്ട ആഗമനം പോക്കുവരവും സ്ഥിതി പാത്രത്തെ ഒരു സ്ഥലത്ത് നിശ്ചിതമായി വയ്ക്കുമ്പോൾ അവിടെ പാത്രത്തിനുള്ളിൽ ഒരിടം സ്ഥിതി ചെയ്യുന്നു എന്ന് പറയാം ഇതുപോലെയാണ് സർവശരീരേഷനോ ജന്മമരണാതി ആത്മാവ് സർവ്വവ്യാപകമാണ് എന്ന് പറയുമ്പോൾ അത് ഏകമാണ് എന്ന് പറയുമ്പോൾ ജനന മരണങ്ങൾ എങ്ങനെ സംഭവിക്കും എന്ന് ചോദിച്ചു ജനന മരണങ്ങൾ എന്ന് പറയുമ്പോൾ ജനന മരണങ്ങളെ സ്വീകരിക്കുമ്പോൾ പുനർജന്മത്തെ സ്വീകരിക്കുകയും ചെയ്തു സാധാരണ മരണശേഷം ക്രിസ്തു ശരീരം വിട്ട് ആത്മാവ് മറ്റ് ശരീരങ്ങളെ സ്വീകരിക്കുന്നു മറ്റ് ലോകങ്ങളിലേക്ക് സഞ്ചരിക്കുന്നു എന്നെല്ലാം പറയുന്നു ഇതെല്ലാം എങ്ങനെ സംഭവിക്കുമെന്നാണ് ചോദിക്കുന്നത് ആത്മാവ് സർവവ്യാപകമാണെങ്കിൽ ആകാശസമമാണെങ്കിൽ ഒരു ശരീരം വിട്ട് എങ്ങനെ ആത്മാവിന് മറ്റൊരു ശരീരത്തെ സ്വീകരിക്കാൻ പറ്റും ഒരു ശരീരം വിട്ട് എങ്ങനെ ആത്മാവ് മറ്റൊരു ലോകത്തിലേക്ക് സഞ്ചരിക്കും എല്ലാ ലോകത്തും എല്ലാ ശരീരങ്ങളിലും സദാ ആത്മാവ് നിലനിൽക്കുകയാണ് ആത്മാവിന്റെ ഗമനാഗമനങ്ങൾ അതെങ്ങനെ സംഭവിക്കും അതിനാണ് പറഞ്ഞത് ആ പാത്രത്തെ ഒരു സ്ഥലത്ത് നിന്ന് പുറത്തേക്ക് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുമ്പോൾ വാസ്തവത്തിൽ ചലനം സംഭവിക്കുന്നത് പാത്രത്തിനാണ് അതുപോലൂടെ ചലന സംഭവിക്കുന്നത് ശരീരത്തിനാണ് ആത്മാവിനല്ല എന്താനും പറയും എന്താണ് പാത്രം സഞ്ചരിച്ചപ്പോ ആ പാത്രത്തിന്റെ ഉള്ളിലുള്ള ഇടവും അതും അതിനോടൊപ്പമുണ്ട് അത് പോകുന്നിടത്തല്ല ആ ഇടവുമുണ്ട് അതിനാണ് ആകാശം എന്ന് പറയുന്നത് ഇപ്പൊ പാത്രത്തിലെ ചലനത്തെ അതിൽ ആരോപിക്കുകയാണ് ആ ഉള്ളിൽ ആരോപിക്കുകയാണ് ഇടത്തിൽ ആരോപിക്കുകയാണ് എന്നിട്ട് അതും ചലിച്ചു എന്ന് കരുതുന്നു അതുപോലെ ഒരാത്മാവ് ഒരു ശരീരം വിട്ട് വേറൊരു സ്വീകരിക്കുന്നു ഒരു ലോകം വിട്ട് ലോകത്ത് പോകുന്നു എന്നെല്ലാം പറയുന്നത് ശരീര സംബന്ധിയായിട്ടാണ് അതിനുള്ളിലുള്ള ചൈതന്യത്തെ സംബന്ധിച്ചല്ല ആത്മചൈതന്യത്തെ സംബന്ധിച്ചല്ല അത് സർവവ്യാപി തന്നെയാണ് ആ ശരീരം ഒരു സ്ഥലം വിട്ട് വേറൊരു ശരീരത്തിലേക്ക് പോകുമ്പോൾ ഒരു സ്ഥൂല ശരീരത്തിനോടുള്ള ബന്ധത്തെ വിട്ടിട്ട് ആ സൂക്ഷ്മ ശരീരം മറ്റൊരു സ്ഥൂല ശരീരത്തിനോട് ബന്ധപ്പെടുമ്പോൾ ആ സൂക്ഷ്മ ശരീരത്തിൽ വ്യാപിച്ചിരിക്കുന്ന ചൈതന്യം അത് സർവവ്യാപിയാണെങ്കിലും ശരീരത്തെ ആശ്രയിച്ചത് ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പോയി എന്ന് പറയുന്നു ശരീരം പരിഛിന്നമാണ് പക്ഷെ അതിലെ ചൈതന്യം ആകാശത്തെ പോലെ സർവ്വവ്യാപകമാണ് അധനാർന്നാണ് അതിനെ ആകാശത്തോടുപിച്ച് പറയും ആകാശേന അവലക്ഷണ ആകാശത്തിന് തുല്യമാണ് ആത്മചൈതന്യം ആകാശസമമാണ് പ്രത്യേക എന്ന് മനസ്സിലാക്കണം അപ്പൊ ജനന മരണങ്ങൾക്കും ആത്മാവിന്റെ ഗമനാഗമനങ്ങൾക്കും സ്ഥിതിക്കും സർവത്തിനും ഈ ആകാശം അതാണ് ഉദാഹരണമായി പറയുന്നത് അപ്പൊ സർവ്വവ്യാപകമായ ഒന്നിനും ചലനത്തെയും മറ്റും ആരോപിക്കാം ആ മറ്റും കേവലം കല്പിതമാണ് പരമാർത്ഥമല്ല പരമാർത്ഥത്തിൽ ആത്മാവിന് ജനനമോ മരണമോ പുനർജന്മമോ ഒന്നും ജായതയും പ്രിയതെ ഗീതേനും ഈ വിഷയം ചർച്ച ചെയ്തതാണ് അതെന്നെവിടെ ആവർത്തിക്കുന്നു ആകാശേനവിലോപനപദ് आधि के विद्यते ആത്മമായാ വിസർജിതാ നോപത്തിയാസ്തുതിസാ സ്വപ്നദൃശ്യദേഹത്തിവ മായ വികൃതദേഹാധിപച്ച ആത്മമായ വിസർജിതായ ആത്മനോമായ അവിദ്യുപസ്ഥാപിത എന്ന പരമാർത്ഥ സന്ധി ഘടാതിസാതം എന്ന് പറയുന്നത് ദേഹം പല അവയവങ്ങൾ കൂടിച്ചേർന്നാണ് പഞ്ചഭൂതങ്ങൾ കൂടി ചേരുന്നതാണ് അതുകൊണ്ട് തന്നെ സംഘാതം എന്ന് പറയുന്നു അതീ പാത്രം അതുപോലെ ആകാശത്തെ ഉൾക്കൊള്ളുന്ന പാത്രത്തിന്റെ തുല്യമാണ് ഘടാതിയം ഘടാതികൾക്ക് തുല്യമാണ് ഈ കാണുന്ന ജാഗ്രത്തിൽ കാണുന്ന ഈ ദേഹം ഏതുപോലെ സ്വപ്ന ദൃശ്യ ദേഹം അതുപോലെ സ്വപ്നത്തിൽ കാണുന്ന ദേഹങ്ങളെപ്പോലെ തന്നെ സ്വപ്നത്തിൽ കാണുന്ന ദേഹം സത്യമല്ലാന്ന് ഉണരുന്നയാളെന്നും ഉറപ്പുണ്ട് അതുപോലെ ഈ ജാഗ്രതയിൽ അനുഭവപ്പെടുന്ന ഈ ദേഹവും പരമാർത്ഥ സത്യമല്ല മായാവികൃതദേഹാധിപർ ഇന്ദ്രജാലക്കാരന്റെ ഇന്ദ്രജാലം കൊണ്ടുണ്ടാകുന്നു മായാവികൃതം ഇന്ദ്രജാലത്തിന്റെ കാര്യം അതുകൊണ്ടുണ്ടാകുന്ന ദേഹം പോലെയാണ് ഇവിടെ എന്താണ് ഇവിടെ ആരാണ് ഇന്ദ്രജാലക്കാരൻ ആത്മമായ വിസർച്ചതാഹ ആത്മമായ കൊണ്ടുണ്ടാക്കിയതാണ് അതുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതാണ് തിരിയേന്ദയാണ് ആത്മമായ ആത്മനവുമായ അവിദ്യ ഇന്ദ്രജാലക്കാരൻ്റെ ആ ശക്തിയെ പറയുന്നതാണ് മായ മായാശക്തി എന്ന് പറയുന്ന ഇവിടെ ആത്മാവിനോട് യോജിപ്പിക്കുന്നത് അതിൽ നിന്നെടുത്തിട്ടാണ് ആത്മാവിൽ വരുമ്പോൾ ആ മായയ്ക്ക് അവിദ്യ എന്ന് പറയുന്നു അപ്പോൾ മായ എന്നും അവിദ്യ എന്ന് പറയുന്ന തയാ പ്രത്യുപസ്താപിത അതിനാൽ ആരോപിക്കപ്പെടുന്നതാണ് കൽപ്പിക്കപ്പെടുന്നതാണ് ഈ ശരീരം ആത്മാവിന്റെ അവിദ്യ കൊണ്ട് ഈ ശരീരം കല്പിക്കുന്നു ഇന്ദ്രജാലക്കാരൻ തന്റെ മായാശക്തി കൊണ്ട് പല രൂപങ്ങളെയും സൃഷ്ടിക്കുന്നത് പോലെ സന്ധിത്തിൽ ഇത് നിലനിൽക്കുന്നില്ല ദേഹാദ്യപേക്ഷയാവാദി കാര്യകരണ സംഘാതാനം ഇതിവേഷ സമുദായം ഉപപത്തി സംഭവ സദ്ഭാവപ്രതിപാദകോ ഹേതുവിദ്യത്തെ ൾ പലതരത്തിൽ വരാം പറയുന്നു ഇത് ആധിക്യം അധികഭാവത്തിരിപേക്ഷയാ ദേവാദികാര്യകര സംഘാതമാണ് ചിലത് പറയുന്നു ആധിക്യം പറയുന്നുണ്ട് മൃഗങ്ങൾ അതിന്റെ ദേഹത്തെ അപേക്ഷിച്ച് കുറച്ചുകൂടി ശ്രേഷ്ഠമാണ് മനുഷ്യരുടെ ദേഹം മനുഷ്യരുടെ ദേഹങ്ങളെല്ലാം അപേക്ഷിച്ച് ശ്രേഷ്ഠമാണ് ദേവന്മാരുടെയും മറ്റും ദേഹം എന്ന് ആധികൃം പറയുന്നത് അധികഭാവം തിരിദേഹാദ്യ അപേക്ഷയോ ദേവാധികാരികരണ സംഘാതം വിധിവാ സർവേഷാം സമദായവ ചിലത് പറയുന്നത് ശരിയല്ല എല്ലാം പഞ്ചഭൂത നിർമ്മിതമാണ് അതുകൊണ്ട് ദേവശരീരമെന്നോ മനുഷ്യ ശരീരമെന്നോ മൃഗശരീരമെന്നോ അങ്ങനെ ഭേദങ്ങളൊന്നുമില്ല എല്ലാം പഞ്ചഭൂതാത്മകമായതുകൊണ്ട് ഒന്നാണ് ഏത് പക്ഷത്തെ സ്വീകരിച്ചാലും ശരി ശരീരത്തിനും ഉത്കൃഷ്ടതയുണ്ടെന്നോ അല്ലെങ്കിൽ അത് അപകൃഷ്ടമാണെന്നോ ഇതെല്ലാം കൽപ്പിച്ചാലും കൽപ്പിച്ചില്ലെങ്കിലും എല്ലാം തുല്യമാണെന്ന് കൽപ്പിച്ചാലും ശരി സമത്വം കൽപ്പിച്ചാലും ശരി ഉച്ചനീയത്വം കൽപ്പിച്ചാലും ശരി ശരീരഗതികൾ നയദേശത്തി സംഭവ സദ്ഭാവപ്രതിപാതകോ ഹേതുവിദ്യമോ അത് അത് ഏത് രീതിയിൽ നമ്മൾ സ്വീകരിച്ചാലും ശരി ഇതെല്ലാം സത്യമാണെന്നുള്ളതിന് ഇതൊന്നും മതിയായ ഹേതുക്കളല്ല ശരീരത്തെ കുറിച്ച് എന്ത് വേണോ കൽപ്പിക്കാം എന്ന് പറയുന്നു അതൊക്കെ ഓരോരുത്തരുടെ അറിവനുസരിച്ച് കാഴ്ചപ്പാടനുസരിച്ച് ഉത്കൃഷ്ട ശരീരമെന്നോ നീച ശരീരമെന്നോ അല്ലെങ്കിൽ ശരീരങ്ങളെല്ലാം സമമാണെന്നോ അതെല്ലാം കൽപ്പിക്കാം അതാണ് ആധിക്യേ സർവസാമ്യവ രണ്ടായാലും ശരി രണ്ടു തരത്തിലുള്ള കല്പനകളുണ്ട് മനുഷ്യരിൽ തന്നെ ശരീരത്തെ അനുസരിച്ച് കല്പനകളുണ്ട് ചണ്ടാളന്റെ ശരീരം നീചമാണെന്നും ബ്രാഹ്മണന്റെ ശരീരം ശ്രേഷ്ഠമാണെന്നും കൽപ്പിക്കുന്നവരുണ്ട് അതാണ് പറയുന്ന ആധിക്യം ശരീരങ്ങളിൽ ചെണ്ട് പറയുന്നു അങ്ങനെയല്ല അതും പഞ്ചഭൂതാത്മകമാണ് മറ്റേതും പഞ്ചബോധാത്മകമാണ് അതുകൊണ്ടാണ് വ്യത്യാസമൊന്നുമില്ല എല്ലാ ശ്രമം തന്നെ ഈ തരത്തിൽ ഏത് കൽപ്പനകളുമാകാം മനുഷ്യന്റെ കാഴ്ചപ്പാട് സംസ്കാരം അനുസരിച്ച് എന്ത് എന്താണ് ഇതെല്ലാം സത്താണോ അല്ലയോ അത് മാത്രമേ ഇവിടെ ചിന്തിക്കുന്നുള്ളൂ സദ്ഭാവപ്രതിപാദകവും ഹേതുണ്ടോ ഇതെല്ലാം സത്താണെന്നുള്ളതിന് ഒരു ഹേതവും പറയാനില്ല ഇതെല്ലാം അവിദ്യ കൊണ്ട് കൽപ്പിതമാണ് സുര്യേനൻ ആരോപിതമാണ് അത് മാത്രമേ ഇവിടെ ചിന്തിക്കുന്നുള്ളൂ ബാക്കി ശരീരത്തിന്റെ സ്വഭാവ വിശേഷങ്ങളെ കുറിച്ചൊന്നും ചർച്ച ചെയ്യുന്നതല്ല ഇവിടെ നാസ്തി അതിന് സത്യത്വം ഇല്ല അവിദ്യാകൃതയെന്ന പരമാർത്ഥത സന്ധി എന്തുകൊണ്ട് ഇതെല്ലാം അവിദ്യ കൊണ്ട് ആരോപിതമാണ് അവിദ്യ പരമാർത്ഥമല്ല അത് മാത്രമേ അധ്യാത്മശാസ്ത്രത്തിൽ പ്രത്യേകിച്ച് ഇവിടെ അദ്വൈത ശാസ്ത്രത്തിൽ അത് മാത്രമേ ബോധിപ്പിക്കുന്നുള്ളൂ അത് ഇനിയും പറയും ഉപനിഷത്ത് കുറിച്ച് ഇനി വരുന്ന ഭാഗത്തും പറയും ഉപനിഷത്ത് ബോധിപ്പിക്കുന്നത് ഈ പരമാർത്ഥ സത്യത്തെ മാത്രമേ ആണ് താല്പര്യമുള്ള ബോധിപ്പിക്കുക മറ്റെന്തെങ്കിലും വിഷയങ്ങൾ അത് ചർച്ച ചെയ്താൽ തന്നെയും അതൊന്നും മുഖ്യമായ രീതിയിലല്ല ഗൂണമായ രീതിയിലാണ് വർണ്ണങ്ങളെക്കുറിച്ച് ആശ്രമങ്ങളെക്കുറിച്ച് ധർമ്മത്തെക്കുറിച്ച് എല്ലാമുള്ള പരാമർശങ്ങൾ ഉപനിഷത് ഭാഗങ്ങൾ വരെ അതിനൊന്നും പ്രാധാന്യം കൊടുത്തിട്ടല്ല അതാണ് ഇവിടെ പറയുന്നത് ആധിക്യവും സർവസ്വാമ്യവും പറയുന്നത് കൊണ്ട് വരുന്ന ഒരു പ്രധാനമായ ഒരു തത്വമാണ് മറ്റേതെങ്കിലും ഒന്ന് പരാമർശിച്ചു പോയാലും അതുകൂടെ ഇവിടെ മുഖ്യമായി പുരുഷത്വ പ്രതിപാദനം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആത്മതത്വത്തെ കുറിച്ച് മാത്രം വേദവും മുഖ്യമായിട്ട് അത് തന്നെയാണ് പറയുന്നതെന്ന് അദ്വൈതികളുടെ അഭിപ്രായം അനുസരിച്ച് എല്ലാ കാണ്ഡങ്ങളും വേദത്തിന്റെ കുറവ് കാണ്ടും ഉത്തരവേണ്ടുവെല്ലാം അതിന്റെ പരമമായ താൽപ്പര്യം ഒന്നേ ഉള്ളൂ മുഖ്യമായി ആത്മതത്വത്തെ ബോധിപ്പിക്കുക ആത്മതത്വത്തെ കുറിച്ചുള്ള സമ്യജ്ഞാനം ശരിയായിട്ടുള്ള ജ്ഞാനം ഉണ്ടാക്കുക അതാണ് വേദത്തിന്റെ എല്ലാ ഭാഗങ്ങളും കൂടി ചേർന്ന് അത് ബോധിപ്പിക്കുന്നുണ്ട് അത് ക്രമമായി ബോധിപ്പിക്കുന്നു പൂർവകാന്ഡത്തിൽ നിന്നും കൂടുതൽ തെളിച്ച് ഉത്തരകാണ്ഡത്തിൽ വന്നു അതിന്റെ പൂർണ്ണതയിൽ അതിനെ പ്രകാശിപ്പിക്കുക അതിനിടയ്ക്ക് അത് പരാമർശിക്കുന്ന കാര്യങ്ങളൊന്നും താൽപര്യപൂർവ്വം പറയുന്നതല്ല അതുകൊണ്ട് മറ്റ് വിഷയങ്ങൾ മനസ്സിലാക്കുന്നു ആത്മാ അല്ലാതെയുള്ള അനാത്മവിഷയങ്ങൾ അതെന്താണെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി വേദത്തെ ആശ്രയിക്കേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത് എന്തുകൊണ്ട് വേദം അജ്ഞാതമായ അർത്ഥത്തെ ബോധിപ്പിക്കുകയാണ് ലൌകികമായ മറ്റേതെങ്കിലും പ്രമാണത്തിലൂടെ അറിയാവുന്ന കാര്യങ്ങളെ വേദം ബോധിപ്പിച്ചു കഴിഞ്ഞാൽ അത് അപ്രമാണമായി പോകും വേദത്തിന് അതിന്റെ സ്വതപ്രാമാണീയം നഷ്ടപ്പെടുക മറ്റൊന്നുകൊണ്ടും അറിയാൻ വയ്യാത്ത മറ്റൊന്നുകൊണ്ടും അറിയാൻ വയ്യാത്ത എന്ന് പറഞ്ഞാൽ വേദത്തിലൂടെ അല്ലാതെ വെളിപ്പെടാത്ത ഒരു കാര്യത്തെ വേദം വെളിപ്പെടുത്തേണ്ട കാര്യമില്ല മനുഷ്യബുദ്ധിപ്രഭവമായ ഒന്നല്ല വേദമെന്ന് പറയുന്നത് മനുഷ്യബുദ്ധിയൊണ്ട് അറിയാനും മനസ്സിലാക്കാനും പറ്റിയ കാര്യങ്ങളെ വേദമെന്തിനു വെളിപ്പെടുത്തണം അതിന് വേദത്തിന് താല്പര്യമില്ലാതെ ആത്മതത്വത്തെ ബോധിപ്പിക്കുന്നതിന് വേദമല്ലാതെ മറ്റൊന്നുമില്ല അതുകൊണ്ട് അതിന്റെ താല്പര്യം അത് മാത്രമാണ് അതാണ് ഇവിടെയും പറയാം അതുകൊണ്ട് നമ്മൾ നമ്മൾ പഠിക്കുന്ന സയൻസ് കണക്ക് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊന്നും വേദം വെളിപ്പെടുത്തേണ്ട കാര്യമില്ല വേദത്തിലൂടെ അതൊന്നും പഠിക്കേണ്ട കാര്യമില്ല എന്തുകൊണ്ട് അത് മനുഷ്യ ബുദ്ധിപ്രഭവമാണ് മനുഷ്യന്റെ ബുദ്ധിയൊണ്ട് തന്നെ അത് മനസ്സിലാക്കാനും കണ്ടുപിടിക്കാനും പറ്റിയ കാര്യങ്ങളാണ് അതിനുവേണ്ടിട്ട് വേദം അത് വെളിപ്പെടുത്തേണ്ട കാര്യമില്ല ആ ഒരു ആശയത്തെയാണ് ഇവിടെയും പറയുന്നത് അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കണമെങ്കിൽ അതിന് മനുഷ്യബുദ്ധിയെ ആശ്രയിച്ചാൽ മതി മനുഷ്യബുദ്ധി പ്രണീതമായ ശാസ്ത്രങ്ങളെ സമീപിച്ചാൽ മതി അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം സയൻസും കണക്കുമല്ല അതെല്ലാം പഠിക്കാൻ വേണ്ടി വേദത്തിനെ സമീപിക്കേണ്ട കാര്യമില്ല അതൊന്നും വേദം എന്തുകൊണ്ട് വെളിപ്പെടുത്തുന്നില്ല അതൊന്നും പരമാർത്ഥമല്ല അന്ന് പരമാർത്ഥ സത്യം ആപേക്ഷികമായ സത്യങ്ങളാണ് മനുഷ്യന്റെ ബുദ്ധി കണ്ടെത്തുന്നതാണ് ആപേക്ഷികമായ സത്യങ്ങൾ ഭൗതികമായ സത്യങ്ങൾ ഭൗതികമായ ശാസനങ്ങളെല്ലാം അതാണ് മനുഷ്യബുദ്ധിപ്രഭവം എന്നാണ് പറയുന്നത് അതുകൊണ്ട് മറ്റുള്ളത് എല്ലാം അവൈദികം എന്ന് പറയുന്നു വേദത്തിൽ അത് വെളിപ്പെടുത്തേണ്ട കാര്യമില്ല അതുകൊണ്ട് അവൈതികങ്ങളാണ് അനാത്മശാസ്ത്രങ്ങളാണ് എന്ന് പറയുന്നത് ആത്മശാസ്ത്രം വേദം മാത്രം ബാക്കിയുള്ളതെല്ലാം അനാത്മശാസ്ത്രങ്ങളാണ് അപ്പം അതിൽ നിന്ന് നമുക്ക് നാനാ വിഷയങ്ങളെ കുറിച്ച് പഠിക്കാം അതുകൊണ്ട് തന്നെ ഈ ഭൗതിക ശാസ്ത്രങ്ങളുടെയൊക്കെ ഉറവിടം വേദമാണ് അതെല്ലാം വേദമാണ് വെളിപ്പെടുത്തുന്നത് അത് വേദത്തിലൂടെ പഠിക്കാം എന്ന് പറയുന്നതിനോട് ഇവിടെ അദ്വൈതികൾ യോജിക്കുന്നുണ്ട് വേദത്തെ അങ്ങനെ വ്യാഖ്യാനിക്കുന്നവരുണ്ട് പക്ഷെ അത് വേദത്തിന്റെ മുഖ്യമായ പ്രതിപാദ്യ വിഷയമല്ല എന്നാണ് വേദത്തിൽ ചിലപ്പോൾ അതിനെ പരാമർശിക്കുന്നുണ്ടായിരിക്കും എന്നാലും അതൊന്നും താൽപര്യപൂർവ്വമല്ല വേദത്തിനതൊന്നും ബോധിപ്പിക്കണമെന്നുള്ള താല്പര്യമുണ്ട് അത് ഇവിടെയും പറയുന്നു വേദം പരമാർത്ഥത്തെ മാത്രമേ ബോധിപ്പിക്കുന്നുള്ളൂ വേദത്തിന് അതിന് മാത്രമേ താല്പര്യമുള്ളൂ അതുകൊണ്ട് മറ്റു കാര്യങ്ങൾ ആധിക്യവും സർവസാമ്യവും അതൊന്നും പരമാർത്ഥമല്ല അതിന് അത് പരമാർത്ഥമാണെന്നുള്ളതിന് യുക്തികളില്ല അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളൊന്നും വേദം താല്പര്യപൂർവ്വം ബോധിപ്പിക്കുന്നുണ്ട് പക്ഷേ വർണ്ണം ആശ്രമം തുടങ്ങിയ കാര്യങ്ങളെല്ലാം വേദമാണ് ബോധിപ്പിക്കുന്നത് അത് താൽപര്യപൂർവ്വം ബോധിപ്പിക്കുകയാണ് അതുകൊണ്ട് വേദത്തിൽ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് അത് കർശനമായി പിന്തുടരണം എന്ന് വാദിക്കുന്ന വൈദികന്മാരുണ്ട് വൈദികന്മാരെ തന്നെ ഒരു വിഭാഗക്കാർ പറയുന്നു വർണ്ണങ്ങളെക്കുറിച്ചെല്ലാം വേദം ബോധിപ്പിച്ചിരിക്കുന്നത് സത്യമാണ് അതുകൊണ്ടത് പിന്തുടർന്നേ പറ്റൂ എന്ന് പറയുന്നവരുണ്ട് അതിനെയൊക്കെ ഇവിടെ നിഷേധിക്കുകയാണ് ആ കാഴ്ചപ്പാടുകളൊന്നും ശരിയല്ല വേദം പരമാർത്ഥമായി ഒന്നിനെ മാത്രമേ ബോധിപ്പിക്കുന്നുള്ളൂ അത്വീതികളിൽ ചിലരും അത് സ്വീകരിക്കുന്നുണ്ട് അങ്ങനെ എന്നിട്ടെല്ലാം വ്യാവഹാരിക സത്യത്വത്തെ സ്വീകരിച്ചുകൊണ്ട് വ്യാവഹാരികമായി ഇതിനെല്ലാം സ്വീകരിക്കാം അതുകൊണ്ട് വേദം ബോധിപ്പിക്കുന്ന ഭേദദൃഷ്ടിയേയും വ്യാവഹാരികമായി അംഗീകരിക്കണമെന്ന് വാദിച്ചുകൊണ്ട് ഇതിനെയൊക്കെ സ്വീകരിക്കുന്നവരുമുണ്ട് പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഇവിടെ രണ്ട് സത്യം സ്വീകരിക്കുന്നത് ഒന്ന് പാരമാർത്ഥികം മറ്റൊന്ന് കൽപ്പിതം പാരമാർത്ഥികമായിരിക്കുന്നത് ആത്മതത്വം ബാക്കിയുള്ളതെല്ലാം കൽപ്പിതമാണ് അതാണ് ഇവിടുത്തെ നിലപാട് അതിനനുസരിച്ചാണ് ഇവിടെ ഈ തത്വത്തെ സംഘാത സ്വപ്ന रसादयो ആത്മമായാസർജിതാ നോപത്തി പ്രസാദയോ കോശാ വ്യക്തീയേ आत्मा परो जीवा, ഇനി വരുന്ന ഭാഗങ്ങളിൽ തൈത്തരിയം ബൃഹദാരണ്യം തുടങ്ങിയ ശ്രുതികളെ പ്രമാണമാക്കി പ്രതിപാദിക്കുകയാണ് സ്വതന്ത്രമായ രചനയാണ് കാരിക ഇവിടെ ആചാര്യം രചിച്ചതാണ് മാണ്ഡൂക്യം വേദമാണ് പക്ഷെ കാലിക വേദമല്ല അത് മുമ്പ് പറഞ്ഞതുപോലെ മനുഷ്യബുദ്ധി പ്രഭവമാണ് അങ്ങനെയുള്ളതൊന്ന് പ്രാമാണികമാകണമെങ്കിൽ അത് ശ്രുതി അനുസരിക്കാം വേദത്തെ പിന്തുടർന്നാലേ പറ്റും അപ്പോൾ വേദപ്രമാണത്തെ ഇവിടെ പരാമർശിക്കുകയാണ് വേദത്തെ പരാമർശിച്ചുകൊണ്ട് പറയുകയാണ് ഈ പറയുന്ന കാര്യങ്ങൾ ഞാൻ ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ വേദം സമ്മതമായ കാര്യമാണ് വേദവും ഉത്പത്യാതിമർജിതമായ ആത്മതത്വത്തിന് ശ്രുതിയും ബോധിപ്പിക്കുന്നുണ്ട് ഇവിടെ കൈത്തിരിയത്തിൽ രസാദയോ അന്ന अजसमयः प्राणमय इति यो मादयो कोषायव कोषा असि आदेरिवा उत्रोत्तरस्य अपेक्षया विरभावा पूर्वपूर्वस्य वैछादा स्पष्टं अथ्यादा तैत्तिरीयेगै तैत्तिरीयेषः कुञ्चित ब्रह्मवल्ल्या യിൽ തൈതിരൂപൻഷത്തിൽ മനോമയ കോശം വിജ്ഞാനമയ കോശം തുടങ്ങിയ കോശങ്ങളെ കുറിച്ച് അവിടെ ചർച്ച ചെയ്തു അന്നമയ പ്രാണമയ വിതയ കോശ കോശം എന്ന് പറഞ്ഞാൽ എന്താണ് കോശം ഒന്നിച്ച് ആവരണം കോശ ഇവ അസി ആദ്യ വാളിനും മറ്റും ഉപയോഗിക്കുന്ന കോശങ്ങളെപ്പോലെ ആഭരണത്തെ പോലെ ആണിത് വാസവത്തിൻ്റെ ആഭരണമല്ല വാളിനെ പൊതിയാനും മറയ്ക്കാനും ഉപയോഗിക്കുന്ന ആവരണമാണ് വാളുറ അതുപോലെയല്ല ഇതിനെ മറയ്ക്കാനോ കൊതിയാനോ ഒന്നും ഈ കോശങ്ങൾക്ക് സാധ്യമല്ല എന്നാലും ഒരു ഉപമയെന്നുള്ള നിലയ്ക്ക് അതിനോട് ഉപയോഗിച്ചിരിക്കുകയാണ് ഉത്തരോത്തരപേക്ഷയാ ബീർഭവാത് പൂർവപൂർവസ്യ അതും എങ്ങനെ അന്നമയം അത് അപേക്ഷിച്ച് സ്ഥൂലമാണ് പ്രാണമയം മനോമയത്തെ അപേക്ഷിച്ച സ്ഥൂലമാണ് മനോമയം വിജ്ഞാനമയത്തെ അപേക്ഷിച്ച സ്ഥൂലമാണ് വിജ്ഞാനമയം ആനന്ദമയത്തെ അപേക്ഷിച്ച് സ്ഥൂലമാണ് ബാഹ്യമായി വരുന്നത് സ്ഥൂലമായി വരുന്നു ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ അത് സൂക്ഷ്മമായി വരുന്നു ഈ തരത്തിൽ അവിടെ വ്യാഖ്യാനിച്ചിട്ടുണ്ട് നിസ്പഷ്ടം ആഖ്യാതീ തൈത്തിരിയേശാഖയിലെ അവംശത്തിലെ ബ്രഹ്മവലിയിൽ ഏഷാം കോശാനം ആത്മാന ആത്മനാ പഞ്ചാഭി കോശ അന്തരമേന ഇതിനെല്ലാം ഈ കോശങ്ങൾക്കെല്ലാം ആത്മാവായിരിക്കുന്നത് ഈ കോശങ്ങളുടെയെല്ലാം വാസ്തവ സ്വരൂപമായിരിക്കുന്നതിനെ കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് ഇതെല്ലാം ആത്മവത്തുക്കളായത് ഇതിനെല്ലാം ഉൾമയും സത്തയും വരുന്നത് അതിന് അന്തരമായിരിക്കുന്ന ആത്മതത്വത്തെ കൊണ്ടാണ് ആത്മാവിന്റെ സത്ത ആത്മാവിന്റെ ഉണ്മയാണ് ഈ കോശങ്ങളിലൂടെ പഞ്ചകോശങ്ങളുടെയും സ്ഫുരിക്കുന്നത് പ്രകാശിക്കുന്നത് ഇവയ്ക്ക് സ്വന്തമായി ശത്തയില്ല പഞ്ചകോശങ്ങളും ഈ ആത്മതത്വത്തിൽ ആരോപിതമാണ് കൽപ്പിതമാണ് സഹി സർവേഷാം ജീവന നിമിത്തത്വ ദൈവ സർവജീവന്മാരുടെയും ജീവനത്തിന് നിമിത്തമായിരിക്കുന്നതാണ് ജീവനം എന്ന് പറഞ്ഞാൽ പ്രാണധാരണം ഈ ശരീരത്തിനുള്ള പ്രാണധാരണം അതിന് നിമിത്തമായിരിക്കുന്നതും അതാണ് ആത്മതത്വമാണ് പ്രാണധാരണം എന്ന് പറയുമ്പോൾ ഈ ശരീരത്തിലുള്ള പ്രാണബന്ധനം ശരീരമായിട്ടുള്ള പ്രാണബന്ധം മിത്തമാണ് അങ്ങനെ ശരീരത്തിൽ പ്രാണബന്ധമെന്താ സൂക്ഷ്മ ശരീരം ഈ ശരീരത്തെ വിടുമ്പോ ഇതിലുള്ള പ്രാണബന്ധനം ഇല്ലാതാകുന്നു പ്രാണബന്ധം നശിക്കുന്നു ശരീരം നശിച്ചു പോകുന്നു അപ്പൊ ശരീരത്തിലുള്ള ജീവനത്തിനും നിമിത്തമായിരിക്കുന്നത് ആത്മതത്വമാണ് അത് മറ്റു നാലു കോശങ്ങളിലൂടെയും നാലു കോശങ്ങളുടെയും സഹായത്തോടു കൂടി അന്നമയ കോശമായ ഈ സ്ഥൂല ശരീരത്തിനോട് പ്രാധാന്യപ്പെടുപ്പും ഈ ശരീരവും പ്രാണവത്തായിത്തീരുന്നു അതിനും കാരണമായിരിക്കുന്ന എന്താണ് ഈ ആത്മതത്വമാണ് ഇതിനെല്ലാം ആന്തരമായിരിക്കുന്ന ഇതിനെല്ലാം ആധാരമായിരിക്കുന്ന ൃത്യ തത്വം അതുകൊണ്ട് ഇതിനെന്ത് ജീവൻ എന്ന പേര് വന്നു ആത്മാവിനെ തന്നെ ജീവൻ എന്ന് വിളിക്കുന്നു ജീവനെന്ന് വിളിക്കാൻ കാരണം ഇത് സ്ഥൂര ശരീരത്തിലുള്ള പ്രാണബന്ധനത്തിന് ഹേതുവായിരിക്കുന്നത് ജീവൻ എന്നുള്ള പേര് വന്നു ജീവിക്കുന്നതുകൊണ്ട് ജീവൻ ജീവിക്കാന്ന് പറയുന്ന എന്താണ് പ്രാണചലനം അതാണ് ജീവിതം എന്ന് പറയുന്നത് പ്രാണവ്യാപാരം പ്രാണന്റെ പ്രവൃത്തികൾ അതാണ് അതിനു ആധാരമായിരിക്കുന്നത് സർവാധാരമായ ഈ ആത്മതത്വമാണ് കോശോവിത്യാഹ സൈവാത്മാ അതിനെ തന്നെയാണ് ഇവിടെ ആത്മാവെന്ന് പറഞ്ഞത് പൂർവം ഈ ആത്മാവിനെ തന്നെയാണ് മറ്റേ ഈ പഞ്ചകോശങ്ങളോടുകൂടിയിരിക്കുന്ന ഈ ശരീരത്തിൽ ജീവനായിരിക്കുന്ന ജീവഭാവത്തിലിരിക്കുന്നു ആ ആത്മാവിനെ തന്നെയാണ് സത്യം ജ്ഞാനം ബ്രഹ്മി പ്രകൃത ശ്രുതിയിൽ അതിനെ തന്നെയാണ് എവിടെ ആ ചൈത്തരീയത്തിൽ തന്നെ സത്യം ജ്ഞാനം എന്ന് പരാമർശിച്ചതും അതിനെ തന്നെയാണ് ഒരേ ആത്മാവിനെ തന്നെ സത്യം ഞാനം ബ്രഹ്മ എന്ന് പറയുന്നു പിന്നീട് പഞ്ചകോശങ്ങളോടുകൂടിയിരിക്കുന്നവനായി പറയുന്നു അതിനെ തന്നെ ജീവനായി പറയുന്നു യസ് മതാത്മനഹ സ്വപ്നമായാധിപത് ആകാശാതിക്രമേണ രസാദേഹ കോശരക്ഷണ സംഘാത ആത്മമായ വിസർജിതായി അങ്ങനെയുള്ള ആത്മാവിൽ നിന്ന് പഞ്ചകോശങ്ങൾക്കും ചൈതന്യം കൊടുക്കുന്ന ആ തുരിയ ആ തുരിയനിൽ നിന്നും സ്വപ്നമായാധിപത് സ്വപ്നത്തെ പോലെ ഇന്ദ്രജാലക്കാരന്റെ ഇന്ദ്രജാലം പോലെ ആകാശാദിക്രമേണ രസാദേയ കോശലക്ഷിണാഹസംഘാത ആകാശാദിക്രമത്തിലുള്ള പ്രപഞ്ച ഉത്പത്തി അന്നമൈരസം എന്ന് തുടങ്ങിയ കോശങ്ങൾ ഇതെല്ലാം ആത്മമായ വിസർജിത ഇതെല്ലാം ആ ത്രിയന്റെ മായയാൽ സൃഷ്ടിക്കപ്പെട്ടതാണ് എന്നും അവിടെ പറഞ്ഞു ചൈത്രിയത്തിൽ വിശദീകരിച്ചു തുരിയന്റെ മായാസൃഷ്ടിയാണ് ഈ പഞ്ചകോശങ്ങളും പ്രപഞ്ചവും സ ആത്മാരിയതാത്മാകാശ ഇത്യാദി ശ്രദ്ധയും ആത്മതത്വത്തെക്കുറിച്ചാണ് ഞാനും ഇവിടെ ആചാര്യൻ പറയുന്നു അതേ ആത്മതത്വത്തെക്കുറിച്ചാണ് ഞാനും ഖമ്യത ആത്മാ ആകാശം സർവം എന്നുള്ള ആ കാര്യയിൽ തുടർന്നു വരുന്ന ഭാഗങ്ങളിലല്ല ആത്മാകാശത്തെ പോലെ എന്ന് പറഞ്ഞ് ആത്മാവിന്റെ സൃഷ്ടിയാണ് തിരിയന്റെ സൃഷ്ടിയാണ് ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞത് ആ തൈത്തരിയ ശ്രുതിയുടെ താൽപര്യമാണ് ഞാൻ എന്റെ കൽപ്പന കൊണ്ടെന്തെങ്കിലും പറഞ്ഞതല്ല ഇതെല്ലാം ഉപനിഷത്സമ്മതമായ കാര്യങ്ങളാണ് പറയുന്നത് ആത്മാകാശവത് ഇത്യാദി ശ്ലോക്കേജി ആത്മാകാശവത് എന്ന് തുടങ്ങിയ കാര്യങ്ങളിൽ ഞാൻ പറഞ്ഞിരിക്കുന്നതും സ്വകപോലകൽപിതമല്ല ശുദ്ധിസമ്മതമായ കാര്യമാണ് പരികൽപിത ആത്മവത് പുരുഷബുദ്ധി പ്രമാണഗന്യ എ താർക്കികന്മാരും മറ്റും ന്യായവൈശേഷികന്മാരും സാന്ധ്യന്മാരും മറ്റും അവർ അവരുടെ ബുദ്ധിയോണ്ട് കൽപ്പിച്ച് ആത്മതത്വത്തെ പല രീതിയിലും വിശദീകരിക്കണം അതുകൊണ്ടാണ് ആത്മാവ് അനേകമാണെന്നും ആത്മാവ് ദ്രവ്യമാണെന്നും മറ്റും അവർ കൽപ്പിച്ചത് അതുപോലല്ല ഇത് ഇത് ശ്രുതി പ്രമാണത്തെ അനുസരിച്ച് പറയുകയാണ് ശ്രുതി ശ്രുതി പ്രമാണത്തെ അവരും മനസ്സിലാക്കുന്നുണ്ട് അംഗീകരിക്കുന്നുണ്ട് ഗാർഹികന്മാരും പക്ഷെ അവർ ശ്രുതിയുടെ താല്പര്യത്തെ മനസ്സിലാക്കിയില്ല എന്നാണ് താല്പര്യം ആത്മതത്വത്തെ എങ്ങനെയാണോ പ്രകാശിപ്പിച്ചത് അതുപോലെ അവർ മനസ്സിലാക്കി മറിച്ച് എന്ത് ചെയ്തു ആത്മതത്വത്തെ കുറിച്ച് പലതും കല്പിച്ചു അതുപോലെ തന്നെ ഇവിടെ പുരുഷബുദ്ധി പ്രമാണകല്യ പുരുഷബുദ്ധി പ്രമാണം കൊണ്ട് അറിയപ്പെടുന്നതല്ല ഇത് ശ്രുതി പ്രമാണജമ്യമാണ് അല്ലെങ്കിൽ ഓരോ മനുഷ്യനും ഓരോ ജീവനും അവന്റെ അവന്റെ കൽപ്പനയനുസരിച്ച് ആത്മാവനെക്കുറിച്ച് ഓരോ സിദ്ധാന്തങ്ങൾ ആവിഷ്കരിക്കണം അതുപോലെ ശ്രുതിയുടെ താല്പര്യത്തെ തന്നെ വെളിപ്പെടുത്തണം അതിനുവേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ താൻ രചിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഈ തത്വം എന്താണ് ആത്മാവ് പരമാർത്ഥമാണ് അന്യമായ സർവ്വതും ആരോപിതമാണ് തുര്യൻ തന്നിൽ ആരോപിച്ചിരിക്കുന്നതാണ് ഇതാണ് ശ്രുതിയുടെ അത് ശ്രുതിയിൽ നിന്നും താൻ ഗ്രഹിച്ചതാണ് എന്നാണ് ഇവിടെ പറയുന്നത് ഇവിടെ ശ്രുതിക്കാണ് പ്രാധാന്യം കൊടുക്കുന്നതെന്നർത്ഥം ോശ്യ വ്യാഖ്യതീയതമാ പരോ दयोर പ്രകർദയോധു ജാനേ പരം ബ്രഹ്മ പ്രകാശം प्रतिम्या मुदरे यो परेवात्मा, ब्रह्मा, മൃതമയ പുരുഷ പൃഥിർഗത്തോ വിജാ പരേവാത്മാ ബ്രഹ്മിക്ഷയാശിതാരണി അവിടെയും ഈ തത്വത്തെ തന്നെ പറയും അതിദൈവവും അധ്യാത്മവുമായിട്ട് അവനെ വിശദീകരിക്കുന്നു വേദത്തിന്റെ ഉപനിഷാഗം മാത്രമല്ല വേദത്തെ ശരിക്കും വ്യാഖ്യാനിക്കുന്നതിന് അതിന്റെ അതിദൈവം അതിഭൂതം അധ്യാത്മം ഈ മൂന്ന് തരത്തിലുള്ള താൽപര്യത്തെയും മനസ്സിലാക്കിയേ വേദം വ്യാഖ്യാനിക്കാവൂ എന്നാണ് പറയുന്ന വേദത്തിന് ഈ മൂന്ന് തലത്തിലുള്ള അർത്ഥമുണ്ട് അതിഭൂതമായിട്ടുള്ള അർത്ഥം മറ്റൊന്ന് അതിദൈവമായിട്ടുള്ളത് അധ്യാത്മം ഇവിടെ പറയുന്നത് ആത്മതത്വത്തെ സംബന്ധിച്ച് രണ്ട് തരത്തിലുള്ള അർത്ഥം അധ്യാത്മവും അതിദൈവവും അത് മധുബ്രാഹ്മണം എന്ന് പറയുന്നു മധു ണ്ടാക്കുന്നതാണ് അതുപോലെ ഈ ആത്മതത്വവും ആത്മതത്വ അനുഭവവും ആനന്ദപ്രദമാണ് അതുകൊണ്ട് ആത്മതത്വത്തെ ആനന്ദ സ്വരൂപത്തിൽ വിശദീകരിക്കുന്നുണ്ട് അതിന് മധുബ്രാഹ്മണമെന്ന് പേര് വന്നു ദുരതാരണ്യത്തിന്റെ രണ്ടാം അധ്യായത്തിൽ ആ മധുബ്രാഹ്മണത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് അതിഥേയവും അധ്യാത്മൻ ചത്യേജവുമായോ അമൃതമായോ പുരുഷ എന്നവിടെ പറയുന്നുണ്ട് എംഭി സർവേഷാം ഭൂതാനാം മധു എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഭാഗം വളരെ പ്രസിദ്ധമായ ഭാഗമാണ് വേദാന്യത്തിലെ മധുബ്രാഹ്മണം അതിനെ പരാമർശിക്കുക തേജോമയനും അമൃതമയനുമായ പുരുഷൻ അതെങ്ങനെയാണോ ഒരുവന്റെ ഹൃദയത്തിലിരിക്കുന്നത് അതുപോലെ ഈ വ്യാപിയായ പൃഥ്വി തത്വത്തിന് ഇരിക്കുന്നു അധ്യാത്മഭാവത്തിലും ഇരിക്കുന്നു അതിദൈവഭാവത്തിലും ഇരിക്കുന്നു ഈ രണ്ടു തരത്തിലും ഇരിക്കുന്ന തത്വമൊന്നു കയറി ഈ ശരീരത്തിന്റെ ഉള്ളിൽ ഹൃദയസ്ഥിതനായിരിക്കുന്ന ആ തത്വം തന്നെയാണ് സർവഭൂതാശയസ്ഥിതനായും ഇരിക്കുന്നതെന്ന് ഗിരി പറയും ആദ്യ ആശയം തന്നെയാണ് ഇവിടെയും പറയുന്നു അല്ലെങ്കിൽ ഇതിനെ ആശയമാണ് ഗിരി പറയുന്നത് അത് ഈ ശരീര സംബന്ധിയായി ചിന്തിക്കുമ്പോ അതിന് അധ്യാത്മം എന്ന് പറയും ഭൂതസംബന്ധിയായി ചിന്തിക്കുമ്പോ അത് അതിഭൂതമെന്ന് പറയും ദേവതാ സംബന്ധമായി ചിന്തിക്കുമ്പോ അതി ദൈവം എന്ന് പറയും അതാണ് മൂന്ന് തരത്തിലുള്ള ചിന്ത ആത്മനിഷ്ഠമായി ചിന്തിക്കുമ്പോ പറയുന്നു ഈ ശരീരത്തിൽ ഉള്ളിയിരിക്കുന്നത് ശരീരത്തിൽ നിന്നാണ് ആത്മാവിനെക്കുറിച്ചുള്ള ചിന്ത ആരംഭിക്കുന്നു എന്തുകൊണ്ട് ശരീരത്തിലാണ് ഈ അഹംബോധം ഉറച്ചിരിക്കുന്നത് ശരീരത്തിൽ അഹംബോധം ഉറച്ചിരിക്കുന്നതുകൊണ്ട് ആത്മാവിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ശരീരത്തിൽ നിന്ന് തുടങ്ങേണ്ടി വരും ശരീരത്തിൽ നിന്ന് തുടങ്ങുമ്പോൾ അത് സ്ഥൂലമായ ഓരോ കോശങ്ങളെയും പിന്തള്ളി സൂക്ഷ്മമായ കോശങ്ങളിലൂടെ പരമാർത്ഥ തത്വത്തിൽ എത്തിച്ചേരുന്നു ആന്തരികമായി ബാഹ്യമായി ഈ ശരീരത്തിന്റെ തത്വമാണ് ഈ പ്രപഞ്ചത്തിന്റെയും തത്വം പഞ്ചഭൂതാത്മകമാണ് അന്നമയാദി കോശങ്ങൾ പഞ്ചഭൂതാത്മകമാണ് അതുപോലെ ബാഹ്യമായ പൃഥി വ്യാധി തത്വങ്ങളും പഞ്ചഭൂതാത്മകമാണ് ആ പഞ്ചഭൂതാത്മകമായിരിക്കുന്ന ഈ തത്വങ്ങളിൽ ആശ്രയിച്ചിരിക്കുന്ന ഈ ആത്മചൈതന്യം അത് അതിദൈവമായിരിക്കും ഈ ഏകമായ ഈ ശരീരത്തിൽ അത് അധ്യാത്മഭാവത്തിലിരിക്കുമ്പോൾ ഭൂതങ്ങളിൽ അത് അതിദൈവഭാവത്തിലിരിക്കുന്നു ഓരോ ഭൂതങ്ങൾക്കും അതിദേവതയെ കൽപ്പിക്കുന്നു അപ്പോൾ ഈ ശരീരത്തെ നിലനിർത്തുന്നത് ജീവചൈതന്യമാണെങ്കിൽ ഈ ഭൂതങ്ങളെ നിലനിർത്തുന്നതും ഒരു ചൈതന്യമായിരിക്കും ഈ ശരീരത്തെ നിലനിൽക്കുന്ന ആ ചൈതന്യം പരിമിതവും പരിച്ഛന്നവുമാണ് ആ ശരീരത്തെ ആശ്രയിച്ച് നിലനിൽക്കുന്ന ചൈതന്യം അത് അൽപജ്ഞമാണ് മറിച്ച് ഭൂതങ്ങളെ ആശ്രയിച്ച് സർവവ്യാപിയായി നിലനിൽക്കുന്ന ഈ ഭൂതങ്ങൾ ബ്രഹ്മാണ്ടം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന ഈ ഭൂതങ്ങളെ ആശ്രയിച്ച് നിൽക്കുന്ന ആ ചൈതന്യം അത് അപരിച്ഛന്നും അതുകൊണ്ട് തന്നെ ദേവത എന്ന് പറയും അതിന് അതിദൈവഭാവം എന്ന് പറയും അതുകൊണ്ട് ഈ ഭൂതങ്ങളുടെ എല്ലാം നിയന്താവായി ഈ ഭൂതങ്ങളെല്ലാം ആശ്രയിച്ച് അതിനെ അധിഷ്ഠാനമായി സ്വീകരിച്ചുകൊണ്ട് നിൽക്കുന്ന അതിദൈവഭാവങ്ങളെ കുറിച്ച് പറയും ദേവതാഭാവം അത് വ്യാപകമായൊരു ചെയ്തു ശരീരത്തിൽ പരിച്ഛനമായൊരു ചെയ്തു ഈ രണ്ട് ചൈതന്യത്തിന്റെയും ഏകത്വത്തെ പറയുകയാണ് മത് ബ്രാഹ്മണത്തിൽ അത് രണ്ടും ഒരു ചൈതന്യം തന്നെയാണ് ദേവതാരൂപത്തിൽ സർവജ്ഞവും സർവശക്തവുമായിരിക്കുന്നതും ജീവഭാവത്തിൽ അൽപ്പജ്ഞനം അശക്തനുമായിരിക്കുന്നതും ഒരേ ഒരു ചൈതന്യം തന്നെ എന്ന് ആ ഏകത്വത്തെ ബോധിപ്പിക്കുന്നു അതാണ് അതിദൈവം അധ്യാത്മിച്ചു പറഞ്ഞിരിക്കുന്നതാണ് തേജോമയോ അമൃതമയോ പുരുഷ തേജോമയനായ ജ്ഞാനസ്വരൂപനായ അമൃതമയനായ ആനന്ദസ്വരൂപനായ പുരുഷൻ അതാണ് പൃഥിവിദ്യ അന്തർഗതം പൃഥിവി തുടങ്ങിയ ഈ ബ്രഹ്മാണ്ടവ്യാപിയായിരിക്കുന്ന ഭൂത അധിഷ്ഠിതമായി നിലനിൽക്കുന്നത് ആ ചൈതന്യമാണ് യോ വിജ്ഞാത പരെയോ ആത്മാ ഈ ശരീരത്തിന്റെ ഉള്ളിൽ വിജ്ഞാതായിരുന്നു കൊണ്ട് ഈ എല്ലാ തത്വങ്ങളെയും ഗ്രഹിക്കുന്നവനായി അതിഭൂതമായും അധ്യാത്മമായും അതിദൈവമായും ഉള്ള തത്വങ്ങളെല്ലാം ഗ്രഹിക്കുന്നവനായി അറിയുന്നവനായി ശരീരപരിച്ഛിന്നനായിരിക്കുന്ന ഇവൻ തന്നെയാണ് സർവവ്യാപകമായ ഈ ഭൂതങ്ങളിൽ വിജ്ഞാതാവായിരിക്കുന്നത് അതുകൊണ്ടെന്ന് വരുന്നു ആത്മാ ബ്രഹ്മ അത് ബൃഹത്തായിരിക്കുന്നതുകൊണ്ട് ശരീരത്തിന് പരിച്ഛിന്നമാണെങ്കിലും ഈ പഞ്ചകോശങ്ങളിലും വ്യാപകമായ പഞ്ചഭൂതങ്ങളിലും അത് വ്യാപിച്ചിരിക്കുന്നതുകൊണ്ട് അത് ബ്രഹ്മമാണ് ബൃഹത്താണ് സർവം ഇതിയോഹോ ആ ദ്വൈതക്ഷയാശിതം ഈ അതിദൈവ അധ്യാത്മഭാവങ്ങളിലുള്ള ആ ബ്രഹ്മതത്വത്തെ ആ ദ്വൈതക്ഷയാ ആ ദ്വൈതക്ഷയം വരെ ഈ പരമതത്വത്തെ ബോധിപ്പിക്കുന്നതിന് ഈ ദ്വൈതക്ഷയത്തിന് വേണ്ടി ആ പരബ്രഹ്മത്തെ ശ്രുതി ബോധിപ്പിച്ചിട്ടുണ്ട് അവിടെയും രണ്ടു കാര്യം ഒന്നെന്താണ് ഈ ദ്വൈതം ക്ഷയിക്കുന്നതാണ് അതീ ശരീരമായാലും ഭാഗ്യമായാലും ആ ദ്വൈതക്ഷയ പര്യന്തം ആത്മവിദ്യയുടെ അതിർവരമ്പതാണ് അതാണ് ദ്വൈതക്ഷയം ആ ദ്വൈദക്ഷയം വരെയും ബോധിപ്പിക്കാനുള്ള ആ ദ്വൈദക്ഷയ എന്ന് പറയുന്നത് അതുവരെ ഇതിനെ ബോധിപ്പിക്കുന്നു ആ ബ്രഹ്മത്തെ ശ്രുതി പ്രകാശിപ്പിച്ചിട്ടുണ്ട് പരമാർത്ഥ തകാശിപ്പിച്ചിരിക്കുന്നു കൊയ്ത്യാഹ ബ്രഹ്മവിദ്യഖ്യം മധു അമൃതം അമൃതത്വം മോദനഹേതുത്വ വിജ്ഞായതി യസ്മിനി മധുജ്ഞാനം മധുബ്രാഹ്മണൻ തസ്മിൻ മധുബ്രാഹ്മണത്തിനു ബൃഹധാരണ പുഷത്തിന്റെ രണ്ടാം അധ്യായത്തിൽ അവിടെ അത് പ്രകാശിപ്പിച്ചിട്ടുണ്ട് രണ്ടാം അധ്യായത്തിൽ അഞ്ചാമത്തെ ബ്രാഹ്മണൻ മുതൽ ഈ വിഷയമാണ് ചർച്ച ചെയ്യുന്നത് അത് മധു ബ്രാഹ്മണമെന്നതിന് പേരെന്തുകൊണ്ടു വന്നു മധു അമൃതം അമൃതത്വം മോദനഹേതുത്വ അമൃതം ആനന്ദത്തെ ഉണ്ടാക്കുന്നതാണ് അതുപോലെ ഈ ആത്മതത്വവും ആനന്ദത്തെ നൽകുന്നതാണ് എങ്ങനെ സർവ്വ സംസാരം നിവൃത്തി അതുണ്ടാക്കുന്നു സർവദുഖാന്തിയെ അത് പ്രദാനം ചെയ്യുന്നു അതുകൊണ്ട് അത് മോദന ഹേതുവാണ് ആനന്ദത്തിന് ഹേതുവാണ് അതുകൊണ്ട് തന്നെ മധുജ്ഞാനം ആ ഭാഗത്തിന് മധുജ്ഞാനം എന്ന് പറയുന്നു ഹനുമാനത്തിലൂടെ ലോകത്തിലെ ആത്മാവിനെ കണ്ടെത്തുന്നുണ്ട് ഊഹിച്ച് കണ്ടെത്തുന്നു അതുപോലെ അവിടെയും ശ്രീനും പറയുന്നതാണ് ഈ പൃഥ്വി തത്വത്തിൽ ആകാശതത്വത്തിൽ ജലതത്വത്തിൽ വായുതത്വത്തിൽ അഗ്നിതത്വത്തിൽ നിങ്ങൾ ഓരോ തത്വത്തിലും ഇരിക്കുന്ന ചൈതന്യം ഈ തത്വം നിങ്ങൾക്കെല്ലാം ഒരു ആധാരം വേണം ഇതിനെ നിലനിൽക്കുന്നത് ഇതിന്റെ നിലനിൽപ്പ് ജീവൻ അറിയുന്നുണ്ട് ഇതിന്റെ ഉണ്മയെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത് പഞ്ചഭൂതങ്ങളുടെ അസ്തിത്വത്തിലൂടെയാണ് പഞ്ചഭൂതം നിലനിൽക്കുന്നതായി ജീവൻ അറിയുന്നത് അതുകൊണ്ട് മനസ്സിലാക്കാം ഈ പഞ്ചഭൂതങ്ങളെല്ലാം സത് അധിഷ്ഠിതമാണ് അതനുഭവമാണ് ജീവന്റെ അനുഭവമാണ് അത് തന്നെ ആ സത്ത് തന്നെ തന്റെ അസ്തിത്വമായി തന്റെ ഉദരത്തിനുമില്ല തന്റെ ഉള്ളിലും അനുഭവപ്പെടുന്നുണ്ട് അഹം അസ്മി എന്നിങ്ങനെ തന്റെ ഉണ്മയെ അറിയുന്നു തന്റെ ഉണ്മയെ സ്വയം ഈ ശരീര സംബന്ധിയായി അറിയുന്നു അത് ശരീരത്തിൽ ബന്ധപ്പെടുത്തിയാണ് അറിയുന്നതെന്നോ ഞാൻ എന്ന് പറയുമ്പോൾ ശരീരത്തിൽ ആ ബോധത്തെ ഉറപ്പിച്ച് ഞാനുണ്ട് എന്ന് ശരീരം നിലനിൽക്കുന്നതായി അറിയും പക്ഷെ ആ അസ്തിത്വം കേവലം ബാഹ്യമായ ശരീരത്തിലല്ല ഉദരത്തിൽ തന്റെ ഉള്ളിലാണ് തന്റെ ഉള്ളിൽ തന്റെ അസ്തിത്വത്തെ അറിയുന്നതുപോലെ തന്നെ ഈ ബാഹ്യമായ പഞ്ചഭൂതങ്ങളിലും അതിന്റെ അസ്തിത്വത്തെ അതിന്റെ ഉള്ളിൽ അറിയുന്നു ആ അസ്തിത്വത്തെ ആശ്രയിച്ചത് നിലനിൽക്കുന്നതായി അല്ലെങ്കിൽ ആ അസ്തിത്വത്തിൽ അധിഷ്ഠിതമായി ഉണ്ട് ഗീതയിൽ ഇത് പ്രപഞ്ചത്തിന്റെ അസ്തിത്വാനുഭവം അത് നശിക്കാതെ നിലനിൽക്കുന്നതാണെന്നുള്ള കാര്യം അവിടെ ചർച്ച ചെയ്തതാണ് നാസദോ വിദ്യലെ ഭാവം എന്ന് പറയാൻ അതിനവിടെ പരാമർശിക്കാം ആ അസ്തിത്വാനുഭവം തന്റെ ഉള്ളിലും പുറമേയും ഉണ്ട് അതിലൂടെ ഈ ആത്മാവിന്റെ ഉണ്മയെ സമർത്ഥിക്കുന്നു അതുപോലെ അനുമാനത്തിലൂടെയും മനുഷ്യൻ ആത്മാവിന്റെ ഉണ്മയെ അറിയുന്നുണ്ട് ഊഹിച്ചറിയുന്നു എങ്ങനെ ഈ കരണങ്ങൾ പ്രവർത്തിക്കണമെങ്കിൽ ഈ കർണത്തെ പ്രവർത്തിപ്പിക്കുന്ന ഒരു ചൈതന്യത്തിന്റെ പിന്നിൽ വേണം ചൈതന്യരഹിതമായ ഈ കർണങ്ങൾ പ്രവർത്തിക്കുന്നില്ല നമ്മളുടെ ശരീരത്തിനും മറ്റും പുറമെ ജീവൻ മനുഷ്യർ പ്രവർത്തിക്കുമ്പോൾ അവർ പല കരണങ്ങൾ ഉപയോഗിക്കുന്നു ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നു ഉപകരണങ്ങൾ ജഡങ്ങളായിരിക്കുന്ന ഉപകരണങ്ങളെ ചൈതന്യമുള്ള മനുഷ്യൻ പ്രയോഗിക്കുന്നു അതുപോലെ ഇന്ദ്രിയങ്ങൾ ുള്ള ജഡങ്ങളായ കർണങ്ങളെ ഇതിന്റെ ഉള്ളിലിരിക്കുന്ന ഒരു ചൈതന്യം പ്രയോഗിക്കുന്നു അതുകൊണ്ട് ഈ കർണങ്ങളിൽ നിന്ന് വ്യത്യസ്തനായി ഒരു ചൈതന്യമുണ്ട് എന്നും മറ്റു അനുമാനത്തിലൂടെ മനസ്സിലാക്കുന്നതുപോലെ ശ്രുതിയും അതിനെ വെളിപ്പെടുത്തിയിരിക്കുന്നു ആ ചൈതന്യത്തെ ചൈതന്യത്തെ വെളിപ്പെടുത്തുക മാത്രമല്ല ശ്രുതി ആ ചൈതന്യത്തിന്റെ ഏകത്വത്തെ വെളിപ്പെടുത്തുന്നു അതുമാത്രമല്ല ആ ചൈതന്യത്തെ ആശ്രയിച്ചു നിൽക്കുന്ന ഈ വൃഷ്ടിയും സമഷ്ടിയും ഇത് ആരോപിതമാണെന്ന് ശ്രുതി പറയുന്നു അതുകൊണ്ട് ആ ശ്രീ പ്രമാണത്തെ അനുസരിച്ചിട്ടാണ് താൻ വിശദീകരിക്കുന്നത് എന്നാണ് ആചാര്യൻ ഇതിലും പറയുന്നു പരം ബ്രഹ്മ പ്രകാശിതം പൃഥി സേവാ യഥാകാശ പ്രകോരനേന പ്രശസത്തെ നാന്നയച്ച ത സമ്ജസം യത് ഉക്തി ശ്രുതി നിർദ്ധരിതം ജീവസ് പരസ്ഥിത ആത്മനോ ജീവാത്മനോരനന്യത്വം അഭേദേന പ്രശസ്തി സ്തുയത ശാസ്ത്രേന വ്യാസാദിപ ശ്രുതി ആചാര്യന്മാര് പൂർവാചാര്യന്മാര് അവരെല്ലാം ആശ്രയിച്ചുകൊണ്ട് അവരെല്ലാം പ്രമാണമായി സ്വീകരിച്ചുകൊണ്ടാണ് ഈ ആത്മതത്വത്തെ പ്രവാസിപ്പിക്കുന്നത് ആത്മവിദ്യാസമ്പ്രദായത്തിലൂടെയാണ് ഈ ആത്മവിദ്യയെ വെളിപ്പെടുത്തുന്നത് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അതായത് ഈ തത്വത്തെ ഒരാൾ പൂർവാചാര്യന്മാരെ നിഷേധിച്ചുകൊണ്ട് പൂർവ പ്രമാണങ്ങളെ നിഷേധിച്ചുകൊണ്ട് ഒരാൾക്ക് ഇത് വെളിപ്പെടുത്താൻ കഴിയില്ല എന്നാണ് ഒരാൾ ഒരുപക്ഷെ അതിനെയൊന്നും പരാമർശിക്കാതെ പേരെടുത്ത് പറയാതെ ഒരു പക്ഷേ ഈ തത്വത്തെ പറഞ്ഞെന്ന് വരാം പക്ഷെ എന്നാലും അവരോടുള്ള കടപ്പാട് അത് വിസ്മരിക്കുന്നത് ശരിയല്ല എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ആചാര്യൻ വ്യാസാദി പൂർവാചാര്യന്മാരെ സ്മരിക്കുന്നത് അവരിലൂടെ പരമ്പരയായിട്ടാണ് ഈ വിദ്യ നിലനിൽക്കുന്നത് ഈ വിദ്യയെന്നും നിലനിൽക്കുന്ന പരമ്പരയിലൂടെയാണ് നമ്മുടെ ആ അതിന്റേതായ മഹത്വമുണ്ട് ആ സമ്പ്രദായത്തിലൂടെ വിദ്യ പകരുന്നത് അതാണ് യുക്തിദശ നിർദ്ധാരിതം ശ്രുതിയിലൂടെയും യുക്തിയിലൂടെയും രണ്ടും നിർണയിക്കപ്പെട്ടതാണ് ഈ തത്വം ആ ശ്രുതി അത് അനാദിയാണ് ശ്രുതി യുക്തി അതും പൂർവാചാര്യസമ്മതമായ യുക്തികളാണ് താൻ കണ്ടുപിടിച്ച വ്യക്തികളൊന്നും അതിലൂടെ നിർണയിച്ചതാണ് ആത്മതത്വം എങ്ങനെ ജീവസ് പരസ്യ ആത്മനോഹോ ജീവാത്മനോരനന്യത്വം ആ ജീവപരാത്മാക്കളുടെ ഏകരസത്വം ഏകസ്വഭാവത്തും അത് മുമ്പ് തന്നെ നിർണയിക്കപ്പെട്ടതാണ് എന്നർത്ഥം അപ്പോ ഇവിടെ പറയുന്ന ആചാര്യൻ െപ്പോലും എന്താണ് പൂർവാചാര്യന്മാരുടെ പട്ടികപ്പെടുത്തിയിരിക്കുന്ന ആളാണ് ഗോഢോദാചാര്യൻ ആചാര്യൻ തന്നെ പറയുന്നു തനിക്ക് മുമ്പ് തന്നെ ഇത് നിർണ്ണയിക്കപ്പെട്ടതാണ് ഇതെത്രയോ പൂർവികമാണ് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ചരിത്രാതീതമായ കാലം മുതലേ ഇത് പ്രചരിച്ചു വരുന്നതാണ് അദ്വൈതത്വം അല്ല ഇത് ആധുനികമല്ല ഇന്നാരെങ്കിലും കണ്ടുപിടിച്ചാലല്ല ശാസ്ത്രേണിപിച്ച വ്യാസം തുടങ്ങിയ പൂർവാചാര്യന്മാർ അവരുടെ ശാസ്ത്രങ്ങളിലൂടെ ഈ തത്വത്തെ നിർണ്ണയം ചെയ്തതാണ് സർവപ്രാണിസാധാരണം സ്വാഭാവികം ശാസ്ത്ര ബഹിഷ്കൃത വിരചിതം നാനാർത്ഥ ദർശനം അതുകൊണ്ട് ഈ ആത്മാവിന്റെ യഥാർത്ഥ സ്വരൂപത്തെ ഇങ്ങനെ വെളിപ്പെടുത്തിയിരിക്കുന്നതുകൊണ്ട് അതിനെ ഉൾക്കൊള്ളാതെ അത് മനസ്സിലാക്കാതെ ഇവിടെ ഞാൻ പറയുന്നു ഇന്നും ആൾക്കാർ മറ്റ് ആത്മ അനാത്മശാസ്ത്രങ്ങളെ ആത്മശാസ്ത്രമെന്ന് കരുതി പിന്തുടരുന്നു സർവപ്രാണി സാധാരണം സ്വാഭാവികം സർവപ്രാണി സാധാരണമായിരിക്കുന്ന ആത്മബോധം എല്ലാവരിലും ഇരിക്കുന്ന ആത്മബോധം എങ്ങനെ സ്വാഭാവികമായി വരുന്നത് അവിദ്യ കൊണ്ടുവരുന്നത് അജ്ഞാനം കൊണ്ടുവരുന്ന ആത്മബോധം എങ്ങനെയാണത് ആത്മാവ് ഈ ശരീരമാണെന്നോ ആത്മാവ് പലതാണെന്നോ ആത്മാവിന് ജനന മരണങ്ങളുണ്ടെന്നോ ആത്മാവ് പരമാത്മാവിൽ നിന്ന് അന്യമാണെന്നോ ഇങ്ങനെയൊക്കെയുള്ള ശാസ്ത്രങ്ങൾ ഇതിന് ശ്രുതിയുടെയോ ആചാര്യന്മാരുടെയൊന്നും ആവശ്യമില്ല ഇത് സർവപ്രാണി സാധാരണമാണ് സർവപ്രാണികൾക്കും അറിയാവുന്ന കാര്യങ്ങളാണ് താൻ ജനിക്കുന്നു മരിക്കുന്നു അറിയാൻ വയ്യാതെ അപ്പൊ ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്ന ആത്മാവിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം ഇത് ശാസ്ത്ര ബഹിഷ്കൃതേ ഹിത്താർക്കികേ ഹി വിരചിതം നാനാ തുടർച്ച ഇത് സർവ സാധാരണമായിരിക്കുന്നു അതുപോലെ തന്നെ ഈ സമ്പ്രദായ രഹിതന്മാരായ മുട്ടു താർക്കികന്മാർ ഇതിനു സമർത്ഥിച്ച് അവരുടേതായ ദർശനങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട് അവരും ഈ പരമാർത്ഥത്തെ അറിയാതെ ഈ ആത്മതത്വത്തെ ഫലതായി ഗ്രഹിക്കുന്നു നാനാത്വ ദർശനം അവരുടേതുണ്ട് പാമരന്മാർക്ക് മാത്രമല്ല നാനാത്വ ദർശനമുള്ളത് താർക്കികന്മാർക്ക് കേവല യുക്തിയെ മാത്രം ആശ്രയിച്ചു പൂർവ്വാചാര്യന്മാരെ അംഗീകരിക്കാതെ അവരുടെ ദർശനത്തിൽ ഉൾക്കൊള്ളാതെ അവളുടെ നാനാത്വ ദർശനം അതിനെ ശ്രീ നിഷേധിക്കുന്നു ഇന്ത്യത്തെ നതു തദ്യമസ്തി ആ നാനാത്വ നിഷേധിക്കാൻ വേണ്ടിയാണ് പറഞ്ഞത് അവിടെ ദ്വിതീയമില്ല നാനാത്വമില്ല ദ്വിതീയാദ്വൈ ഭയം ഭവതി ഭയത്തിന് കാരണമാണത് ഇപ്പോഴാണോ ദ്വിതീയ ബോധം ദ്വിതീയ ബോധം വരുന്നത് രണ്ടാമത് ഒന്നിനെക്കുറിച്ച് അറിയുമ്പോൾ അതിനെ ഭയക്കും അതിനെ ഭയക്കാം അല്ലെങ്കിൽ അതിനോട് മറ്റെന്തെങ്കിലും വികാരമുണ്ടാകാം ഭയത്തെ ഉപലക്ഷണമായി പറഞ്ഞിരിക്കുകയാണ് രണ്ടാമതൊന്നിനെക്കുറിച്ച് ബോധമുണ്ടായാൽ അതിനെ സംബന്ധിച്ച് എന്ത് വികാരമുണ്ടാകാം ഭയം ഉൾപ്പെടെയുള്ളത് അതുകൊണ്ട് പറയുന്നു അങ്ങനെ രണ്ടാമതൊന്നിൻ്റെ ഏകം സത് കുതിരം അന്തരം കുതിര് അത് തസ്യ ഭയംഭോതി പറയുന്നു ഈ പരമാർത്ഥ തത്വത്തിൽ നിന്നും വ്യതിചലിച്ച് അല്പമെങ്കിലും ഒരു ഭേദകൽപ്പന ഒരുവന്റെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ അവനീ സംസാരത്തിൽപ്പെട്ടു കഴിഞ്ഞു തസ്യ ഭയംഭൂതി അവനീ സംസാരത്തെ ഭയത്തു സംസാരത്തെ അവൻ ഭീകരമായി കാണുന്നു അവനെ സംബന്ധിച്ച സംസാരം സത്യമായി അനുഭവപ്പെടുന്നു എന്നാണ് അതുകൊണ്ട് ഉദാരം അല്പം പോലും ഭേദം ഇവിടെ കാണാൻ പാടില്ല അല്പം പോലും ഭേദം ഇവിടെ വാസ്തവത്തിൽ നിലനിൽക്കുന്നില്ല അതുകൊണ്ട് ഭേദത്തൊക്കെ നിന്നുകൊണ്ട് ഭേദത്തെ അധിഷ്ഠിതമായിട്ടുള്ള ചിന്തകളെല്ലാം ഭയത്തിൽ ഉണ്ടാകും തന്നെ നിന്ന് അന്യമായി ഈശ്വരനെ കണ്ടാലും തന്നെ നിന്ന് അന്യമായി പ്രപഞ്ചത്തെ കണ്ടാലും തന്നെ അന്യമായി ജീവന്മാരെ കണ്ടാലും ഇതെല്ലാം ഭയകാരണമാണ് ആ ഭയത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഭയത്തിന്റെ നാശമാണ് സംസാരനാശം എന്ന് പറയുന്നത് അതിനാണ് മോക്ഷം മുക്തി എന്ന് പറയുന്നത് സംസാരത്തെ ഒരാൾ സത്യമായി കാണുകയാണെങ്കിൽ അയാൾക്കൊരിക്കലും ഭയത്തിൽ നിന്നും ഉള്ള മോചനം സാധ്യമല്ല ഭയത്തിൽ നിന്ന് സ്വതന്ത്രമാകണമോ ഇവിടെ അർത്ഥം പോലും ഭേദത്തെ കാണാൻ പാടില്ല സംസാരം സത്യമാണ് ധരിക്കാൻ പാടില്ല ഇതം സർവം ഇതയം ആത്മാ മറിച്ച് എങ്ങനെ കാണണം ഈ സർവവും ഈ കാണുന്ന സംസാരം സർവവും അയമാത്മാ താൻ തന്നെയാണ് അയം പ്രത്യക്ഷമായിരിക്കുന്ന ആത്മാ തന്റെ സ്വരൂപം തന്റെ സ്വരൂപത്തിൽ നിന്ന് അനന്യമാണ് ഈ കാണുന്നതെല്ലാം ഈ പ്രപഞ്ചം ഉൾപ്പെടെയുള്ള ജീവനും ജഗത്തും ഈശ്വരനും തന്നെ നിന്ന് അനന്യമാണ് ഇതാണ് പരമമായ തത്വം അതിനെ വിജയിക്കാൻ കഴിയാത്തോണ്ടാണ് ജീവ ഈശ്വര ഭേദങ്ങളെല്ലാം കല്പിക്കുന്നത് അതിന്റെ ഫലം എന്താ മൃത്യോഹോ സമൃത്യം ആത്മനോദി ഐഹ നാനേവ പശ്ചിത് പറയുന്നു ഈ ഭേദദർശനത്തെ ആശ്രയിച്ചാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ഈ സംസാരത്തിൽ നിന്നും മോചനമില്ല അവൻ മരണത്തിൽ നിന്നും മരണത്തെ പ്രാപിക്കുന്നു ജനനത്തിൽ നിന്നും ജനനത പ്രാപിക്കുന്നു സത്യമായ അവന്റെ സംസാരത്തിൽ നിന്ന് അവന് നിവൃത്തിയില്ല ഏഹോ നാനയോ പശ്ചരി ഇത്യാദി വാക്യേഷ്ഠ അന്യേഷ്ഠി ബ്രഹ്മവിത്തുക്കൾ മറ്റ് ബ്രഹ്മവിത്തുക്കളും ഋഷിമാര് ശ്രുതിയെ ബോധിപ്പിക്കുന്ന ഋഷിമാരും ഈ തത്വത്തെയാണ് പറയുന്നത് സംസാരം നിവർത്തിക്കണമെന്നു ഭയമില്ലാതാകണമോ അവിടെ ഭേദജ്ഞാനം നശിക്കണം ഹി സമഞ്ജസം വിർജവബോധം ന്യായം അതുകൊണ്ട് സരളമായി ഗ്രഹിക്കേണ്ട കാര്യം അവബോധം എന്ന് പറയാം വളവും തിരിവും ഒന്നുമില്ലാതെ ഗ്രഹിക്കേണ്ടത് അല്ലെങ്കിൽ അനായാസമായി തത്വം ഗ്രഹിക്കാവുന്ന തത്വം പറഞ്ഞതാണ് ആചാര്യം പറയുന്നു താൻ പറയുന്നത് പൂർവാചാര്യന്മാർ പറയുന്നത് ശ്രുതി വെളിപ്പെടുത്തുന്നതായ ഈ അദ്വൈതം അതാണ് ഒരുവന് ഋജുവായി അനായാസമായി ഗ്രഹിക്കേണ്ടത് ന്യായം യുക്തവും അത് യുക്തിക്ക് നിരക്കുന്നതും അദ്വൈതമാണ് അദ്വൈതമല്ല താൻ വേറെ പ്രപഞ്ചം പേരെ ഈശ്വരൻ വേറെ എന്നുള്ള ചിന്താഗതിയല്ല അത് സംസാര നിവൃത്തിക്ക് ഉതകില്ല കുദഷ്ടേഹ്യോ നിരൂപ്യമാണ് എന്താണ് നിലനിൽക്കാത്തത് താർക്കിക കുയുക്തികൾ ഉപയോഗിച്ച് ദൃഷ്ടി ദർശനം കാഴ്ചപ്പാട് തെറ്റായ കാഴ്ചപ്പാട് കേവലം യുക്തിയെ ആശ്രയിച്ച് ഉണ്ടാക്കുന്ന തെറ്റായ കാഴ്ചപ്പാടുകൾ അൻജ്ജീവ ഊർജീവായി അനായാസമായി സരളമായി ഗ്രഹിക്കാൻ വയ്യാത്ത കാര്യങ്ങൾ അങ്ങനെ നിരൂപണം ചെയ്യപ്പെടുന്ന കാര്യങ്ങൾ ചിന്ത ചെയ്യുന്ന കാര്യങ്ങൾ മനനം ചെയ്യുന്ന കാര്യങ്ങൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടല്ലോ തന്ത്രമന്ത്രങ്ങളെല്ലാം എല്ലാം നിഗൂഢമാണ് അതിനെല്ലാം ഒരുപാട് രഹസ്യങ്ങളുണ്ട് അതിനൊന്നും സരളതയില്ല അനായാസതയില്ല വിർജുവല്ല നേരെ നേരെ പോകുന്നുള്ള രീതിയാണ് വളഞ്ഞ വഴികളിലൂടെയൊക്കെ പോകണം അങ്ങനെയുള്ള ഒരുപാട് മാർഗങ്ങളുണ്ട് അതിനെല്ലാം മനസ്സിൽ കണ്ടുകൊണ്ട് പറയണം തന്ത്രമന്ത്ര യന്ത്രങ്ങളെല്ലാം മനസ്സിൽ കണ്ടുകൊണ്ട് പറയണം അദ്വൈത തത്വത്തെ അത് എന്താണ് അത് നിഗൂഢാസ്ത്രമല്ല അങ്ങനെയുണ്ട് ചില പാശ്ചാത്യന്മാരെല്ലാം ഇത് മനസ്സിലാക്കാതെ പറയുന്നതാണ് ഇത് നിഗൂഢശാസ്ത്രമാണ് ആ നിഗൂഢതകളെയൊക്കെ ഇവിടെ നിഷേധിക്കേണ്ട നിഗൂഢതകളും മറ്റുള്ളതിലാണ് അനു റജ്യവഹ് മറ്റു ദ്വൈതശാസ്ത്രങ്ങളാണ് ദ്വൈതത്തെ അവലംബിച്ചുകൊണ്ട് പോകുന്ന ഒരുപാട് ശാസ്ത്രങ്ങളുണ്ട് അതിനെല്ലാം നിഗൂഢതകളുണ്ട് അദ്വൈതമെന്ന് പറയുന്ന എന്താണ് അത് സരളമാണ് യുക്തിക്ക് നിറകുന്നതാണ് ശ്രുതി പ്രമാണംത്തോടുകൂടിയതാണ് ആത്യന്തികമായി സ്വാനുഭവത്തിൽ യോജിക്കുന്നതുമാണ് അതിന് വിപരീതമായിട്ടുള്ളത് അതൊന്നും നിലനിൽക്കുന്നതല്ല ആത്യന്തികമായി പരമാർത്ഥം മാത്രമേ നിലനിൽക്കത്തുള്ളൂ രണ്ടിനെയും പറയും അതിന്റെ വഴിക്ക് സഞ്ചരിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതിനിടെ നിഷേധിക്കുന്നത് താർക്കിക പരികൽപിത എന്നെല്ലാം പറഞ്ഞ് നിഷേധിക്കുന്നു അതിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ അത് പോകും അല്ലെങ്കിൽ നിങ്ങളുടെ തത്വം മാത്രം പറഞ്ഞാൽ പോലെ എന്തിന് അനാവശ്യം പറയുന്നു മറ്റുള്ളവരെ എന്തിനാ കുറ്റം പറയുന്നു നിഷേധിക്കാൻ പോകുന്നു കാരണം ഋർജുബുദ്ധികൾ അനർജുവായ മാർഗങ്ങളിലൂടെ സഞ്ചരിച്ചു പോകും ബുദ്ധി സാരല്യം കൊണ്ട് ചിലപ്പോൾ കുടിലമായ മാർഗങ്ങളിൽ ചന്തി ചാടിപ്പോവും അതാണ് ശരിയെന്ന് തോന്നിപ്പോകും അതുകൊണ്ട് പിറകൊന്നും അത് അങ്ങനെ വരാൻ പാടില്ല എന്ന ഘടനാ ഫ്രഞ്ചന്തി അതൊന്നും നിലനിൽക്കുന്ന കാര്യങ്ങളല്ല അതിന്റെ പിറകെ പോകരുത് അദ്വൈതത്തെ തന്നെ അവലംബിക്കുക അത് വ്യക്തമാണ് സരളമാണ് അനുഭവത്തിന് പ്പെടുന്നതാണ് അത് സ്വീകരിക്കുക എന്നാണ് ഉടാചാര്യൻ ആവശ്യപ്പെടുന്നത് നാനാത്വം നിന്ദ്യത സമഞ്ചസം ജീവാത്മനോ പൃഥക്വം പ്രഗുത്പത്ത് പ്രകൃതി നിശ്രുജീവരമാത്മനോംപനിഷ്യ പൂർവം പ്രകീർത്തി ഈ താർക്കികന്മാരും താന്ത്രികന്മാരും മാന്ത്രികന്മാരുമെല്ലാം എന്താണ് ശ്രുതിയെ ആചരിച്ചിട്ടാണ് അവര് അവരവരുടെ സിദ്ധാന്തത്തെ ആവിഷ്കരിച്ചിരിക്കുന്നത് നിങ്ങളുടെ അദ്വൈതികൾ പറയുന്നത് എന്താണ് ഞങ്ങൾ ശ്രുതി ശരണന്മാരാണ് ശ്രുതിയാണ് ഞങ്ങൾ പ്രമാണമായി സ്വീകരിച്ചിരിക്കുന്നത് ശ്രുതി ഞങ്ങൾക്ക് അനുജ്ജിവായ മാർഗ്ഗത്തെ വെളിപ്പെടുത്തി അതുകൊണ്ട് ഞങ്ങളുടെ പുറകെ വരണമെന്നാണ് നിങ്ങളാവശ്യപ്പെടുന്നത് അതെങ്ങനെ ശരിയാവും മറ്റുള്ളവരും ശ്രുതിയെ പ്രമാണമായി സ്വീകരിച്ചുകൊണ്ടാണ് പറയുന്നത് ഞങ്ങൾ സഞ്ചരിക്കുന്ന വഴി ശരിയാണ് അതാണ് പരമാർത്ഥം രണ്ടു കൂട്ടരും ശ്രുതിയെ സ്വീകരിച്ചുകൊണ്ട് അവരവരുടെ പക്ഷത്തെ സമർത്ഥിക്കുമ്പോ ജിജ്ഞാസുകൾ ആരുടെ പുറകെ പോവും രണ്ടിന് ശ്രുതി പ്രമാണമുണ്ടല്ലോ അതിന് സമാധാനമാണ് ഇവിടെ പറയുന്നത് പൂർവം പ്രകീർത്തിതം കർമ്മകാണ്ടേഹേ ഉപനിഷത് വാക്യങ്ങൾക്ക് പൂർവ്വത്തിൽ ഉള്ള കർമ്മകാണ്ടത്തിൽ പരമാത്മാക്കളുടെ പ്രധത്വത്തെ ശ്രുതി സംഖ്യന്മാര് ആത്മാവിന്റെ നാനന്ദത്വം പറയുന്നു ന്യായവൈശേഷികന്മാർ താർക്കികന്മാരവരും ജീവാത്മാഭേദത്ത് പറയുന്നു ജീവാത്മ പരമാത്മഭേദത്തെ പറയുന്നു ഇവരുമല്ല ശ്രുതിയെ പ്രമാണമായി സ്വീകരിക്കുന്നവരാണ് വേദികളല്ല അവരെന്തുകൊണ്ട് പറയുന്നു ശ്രുതിയിൽ തന്നെ ഉപനിഷത് വാക്യങ്ങൾക്ക് പൂർവ്വഭാഗങ്ങളിൽ ഈ ആത്മനാനത്വത്തെക്കുറിച്ചും സൃഷ്ടിയെക്കുറിച്ചും ജീവ പരഭേദത്തെക്കുറിച്ചും എല്ലാം അവിടെ പറയുന്നു അതിന് ശ്രുതിയാണല്ലോ പ്രമാണം അപ്പോൾ അവർ പറയുന്നത് ശരിയാകാം എന്നാണ് പൂർവ്വകാന്ഡേ അടുത്ത് പറയുന്നു പൂർവ്വകാന്ഡത്ത് പൂർവമീമാംസകരും പറയുന്നതാണ് ഈ ശരീരത്തിൽ നിന്ന് ഭിന്നമായൊരാത്മാവുണ്ട് ആത്മാവ് ഈ ശരീരത്തെ വിട്ട് സ്വർഗനിരകളിലൊക്കെ സഞ്ചരിക്കുന്നു ആത്മാവ് കർമ്മം ചെയ്യുന്നു കർമ്മത്തിന്റെ ഫലം അനുഭവിക്കുന്നു എന്നാൽ ശ്രുതിയിൽ നിന്ന് തന്നെയാണ് അവർക്ക് ഈ ആത്മതത്വത്തെ അറിയാൻ കഴിഞ്ഞു അതുകൊണ്ടാണ് അവർ പറയുന്ന അനധികൃത അബാധിതമായ അർത്ഥത്തെ പ്രതിപാദനം ചെയ്യുന്നതാണ് ശ്രീ എന്നൊക്കെ അവർ പറയുന്നത് അവരുടെയും സിദ്ധാന്തമാണ് കർമ്മകാന് അങ്ങനെ പറഞ്ഞിരിക്കുന്നുകൊണ്ടാണ് അവർ സ്വീകരിച്ചത് പിന്നെ നിങ്ങൾ എങ്ങനെയാ ഉപനിഷത്തിൽ അതിനെ നിഷേധിക്കും അവരെങ്ങനെ നിഷേധിക്കാൻ പറ്റുമെന്നാണ് അനേകാമോ അതം കാമി കാമഭേദമനുസരിച്ച് അത് പറഞ്ഞിരിക്കുന്നു അനേക തരത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്നുവെച്ചാൽ ഈ ശ്രുതിയെ ആശ്രയിക്കുന്ന ജീവന്മാരുടെ സങ്കൽപ്പങ്ങൾക്കനുസരിച്ച് കാമം അവരുടെ സങ്കല്പം അതിനനുസരിച്ച് ശ്രുതിയിൽ പലതും പ്രപഞ്ച നാനാത്വവും പ്രപഞ്ച സത്യത്വം എല്ലാ ശ്രുതിയും വെളിപ്പെടുത്തിയിട്ടുണ്ട് അത് ശ്രുതി ആശ്രയിക്കുന്നവന്റെ സങ്കല്പങ്ങൾക്കനുസരിച്ചത് വെളിപ്പെടുത്തിയിരിക്കുകയാണ് അതൊന്നും പരമാർത്ഥത്തെ ബോധിപ്പിക്കാൻ വേണ്ടിട്ടല്ല എന്നർത്ഥം പരശ്ചാരപൃഥിവിത്യാദി മന്ത്രവർണ്ണയു ആ പരമാത്മാവ് അവനീ ഭൂർ ലോകത്തെ ബുദ്ധി ലോകത്തെ എല്ലാം അവൻ നിലനിർത്തിയിരിക്കുന്നു എന്നുവെച്ചാൽ അവൻ ആ പരൻ തന്നിൽ നിന്ന് അന്യനായിരിക്കുന്ന പരൻ അവൻ സത്യമാണ് അവൻ പരമാർത്ഥത്തിൽ ഈ പ്രപഞ്ചം നിലനിർത്തിയിരിക്കുന്നു എന്നൊക്കെ അവിടെ നിന്ന് അർത്ഥം തോന്നാം അതുകൊണ്ടാണ് ഈ പ്രപഞ്ച സത്യമാണ് തന്നിൽ നിന്ന് അന്യനായിരിക്കുന്ന പരമാത്മാവ് സത്യമാണെന്നെല്ലാം ഓരോരുത്തർ സിദ്ധാന്തിക്കുന്നത് അത്ര കഥം കർമ്മജ്ഞാനകാണ്ടവാക്യ വിരോധെ ജ്ഞാനകാണ്ടവാക്യാർത്ഥ ദേവ ഏകത്വ സാമഞ്ജസ്യം അവതാരിച്ച് ഇതിങ്ങനെ പരസ്പര ഭിന്നമായി ബോധിപ്പിക്കുന്നു കർമ്മകാന്ഡ ഒന്ന് ബോധിപ്പിക്കുന്നു ജ്ഞാനകാന്ഡ അതിന് വിപരീതമായി ഒന്നിനെ ബോധിപ്പിക്കുന്നു അങ്ങനെ വിപരീതമായ വാക്യാർത്ഥങ്ങളെ ബോധിപ്പിക്കുന്നതുകൊണ്ട് നിങ്ങൾക്കെങ്ങനെ പറയാൻ പറ്റും അദ്വൈതമാണ് പരമാർത്ഥം ജ്ഞാനകാന്ഡമാണ് സത്യം എന്നെ അങ്ങനെ പറയും അതിനു സമാധാനം പറയുന്നു അത്ര ഉച്ച യഥോയിമാനുഭൂതാനുജായ അഗ്നി ക്ഷുദ്രാ വിസ്ഫുലിംഗത്മനാകാശസംഭൂത തേജോ അസൃജത ഇയാദി ഉത്പത്തിഷ്യേകം യെന്നപരമാ പ്രപഞ്ചോത്പത്തിയെ കുറിച്ച് പറയുന്നുണ്ട് ജീവോത്പത്തിയെ കുറിച്ച് പറയുന്നുണ്ട് എങ്ങനെ സത്യം എന്നതുപോലെ തദാക്ഷത എന്ന് പറഞ്ഞാലെന്താണ് ആ പരമാത്മാവ് സങ്കല്പിച്ചു ഈ ജീവനല്ല ജീവനിൽ നിന്നും അന്യനായിരിക്കുന്ന ഒരു പരമാത്മാവ് സങ്കല്പിച്ച് തന്റെ സങ്കല്പം കൊണ്ട് എന്നെ സൃഷ്ടിച്ചു എന്നാണ് യദോവ ഇമാനി ഭൂതാനി ജായന്ദ് ഈ ഭൂതങ്ങളെല്ലാം ഒരു പരമാർത്ഥ സത്യത്തിൽ നിന്നുണ്ടായി എന്ന് പറയുമ്പോൾ അതിന്റെ ഉത്പത്തിയെ അവിടെ അംഗീകരിക്കുകയാണ് ആചാര്യൻ പറയുന്ന അജാതപാദത്തെയാണ് ഉത്പത്തിയില്ലെന്നാ പറയുന്നു ഇവിടെ പക്ഷെ ഉത്പത്തിയെക്കുറിച്ച് പറയുന്നു യഥാഗ്നേ ഹെ ക്ഷുദ്ര വിസ്മുലിംഗാ അഗ്നിയിൽ നിന്ന് തീപ്പൊരികൾ തിരക്കുന്നത് പോലെ ഈ നാനാത്വം സൃഷ്ടിക്കപ്പെട്ടത് തസ്മാത്മാ ആ പരമാത്മാവിൽ നിന്ന് ഈ ആകാശം ഉണ്ടായി തഥത ആ പരമാത്മാവ് സങ്കൽപ്പിച്ചു തേജു ആശ്രജത ആ പരമാത്മാവ് ഈ തേജസ്സിനെ സൃഷ്ടിച്ചു ജലത്തെ സൃഷ്ടിച്ചു ഭൂമിയെ സൃഷ്ടിച്ചു ഇത്യാദി ഉത്പത്യർത്ഥ ഉപനിഷത് വാക്യേഭ്യ ഇങ്ങനെ ഉത്പത്തിയെ കുറിച്ച് ബോധിപ്പിക്കുന്ന ഉപനിഷദ്വാക്യങ്ങളുമുണ്ട് ഇതിന് മുമ്പ് കർമ്മകാണ്ഡേ പ്രകീർത്തിതം അതിന് മുമ്പ് കർമ്മകാണ്ഡത്തിനും എന്താണ് ആ നാനാത്വത്തെ ബോധിപ്പിച്ചിട്ടുണ്ട് എത്തത്ര തന്ന പരമാർത്ഥം പക്ഷെ അങ്ങനെ ബോധിപ്പിച്ചെങ്കിലും ഉപനിഷദ് വാക്യങ്ങൾ ശ്രവിക്കുമ്പോൾ ഈ സത്യമായ സൃഷ്ടിയെക്കുറിച്ചാണോ പറയുന്നതെന്ന് സംശയം വരാം പക്ഷെ പൂർവ്വകാന്ഡത്തിൽ അങ്ങനെയുണ്ട് അവിടെ വ്യക്തമായും സത്യമായ സൃഷ്ടിയെക്കുറിച്ച് പറയുന്നു എന്നാണ് ധരിക്കുന്നത് അങ്ങനെ ധരിക്കത്തക്ക രീതിയിലാണ് അവിടെ ഈ സൃഷ്ടിയെക്കുറിച്ചും മറ്റും പരാമർശിക്കുന്നത് പക്ഷേ തർഹി കിം തർഹി ഗൌണം അതൊന്നും മുഖ്യമായ താൽപ്പര്യത്തിൽ പറയുന്നതല്ല കേൾക്കുന്നവൻ അവന്റെ സംസ്കാരമനുസരിച്ച് അതാണ് മുഖ്യം അതാണ് പ്രധാനം ആ പറഞ്ഞിരിക്കുന്നതാണ് സത്യം എന്നെല്ലാം തോന്നുമെങ്കിലും അതങ്ങനെയല്ല മഹാകാശ ഘടാകാശാദി ഭേദവോ പക്ഷേ ചിന്തിച്ചു മനസ്സിലാക്കും മഹാകാശ ഘടാകാശാദിഭേദത്തെ പോലെ അവിടെ ഭേദം കൊണ്ടെന്ന് പ്രതീതി ഉണ്ടാകുന്നുണ്ടെങ്കിലും ഭേദം സത്യമല്ല പരമാർത്ഥമല്ല അതുപോലെ ഇവിടെ രണ്ട് കാണ്ടങ്ങൾ കർമ്മകാണ്ഡവും ജ്ഞാനകാന്ഡവും അതിലെ ആ പൂർവകാണ്ഡത്തിൽ കർമ്മകാണ്ഡത്തിൽ സൃഷ്ടിയെ സത്യമെന്നതുപോലെ പരാമർശിക്കുമെങ്കിലും അത് പരമാർത്ഥമല്ല അതിനൊരു ഉദാഹരണ നമ്പറി നേതാവോദനം പജതീതി ഭവിഷ്യത് വൃത്തിയാ തത്വത്തിൽ ഇവിടെ പറയുന്നത് ധനശ്രുതിയാണ് പൂർവകാന്ഡമായാലും ശരി ഉത്തരകാണ്ഡമായാലും എല്ലാ ശ്രുതിവാക്യങ്ങളാണ് അതിന്റെ അദ്വൈതി പറയുന്നത് നിങ്ങൾ ഉത്തരകാണ്ഡത്തെ സ്വീകരിക്കണം പൂർവ്വകാന്ഡത്തിൽ ഇതിന് വിരോധമായി വരുന്ന അർത്ഥങ്ങളെ തള്ളിക്കളയണമെന്നാണ് പക്ഷെ രണ്ടും വാക്യങ്ങളായിരിക്കെ രണ്ടു വാക്യങ്ങളും പരമാത്മാവിനെക്കുറിച്ചും സൃഷ്ടിയെക്കുറിച്ചും പറയുമ്പോൾ ഒന്ന് സ്വീകരിക്കാനും മറ്റൊന്ന് തള്ളിക്കളയാനും പറഞ്ഞാൽ അങ്ങനെന്താ യുക്തി ഒരു കാര്യത്തിന്റെ പ്രഥമശ്രവണം കൊണ്ട് മാത്രം അതിന്റെ താൽപ്പര്യത്തെ മനസ്സിലാക്കുന്നത് ശരിയെന്ന് ചിന്തിച്ചു മനസ്സിലാവും പ്രഥമശ്രവണത്തിൽ ഒരു കാര്യം നമുക്ക് ശരിയെന്ന് തോന്നിയാലും ചിലപ്പോ ലൌകികമായിട്ടും അങ്ങനെയാണ് ആലോചിച്ച് നോക്കുമ്പോൾ മനസ്സിലാകും എന്താണോ ആ പറഞ്ഞതല്ല എന്റെ താല്പര്യം പറഞ്ഞെടുത്തല്ല അതിന്റെ താല്പര്യം അതിനപ്പുറം നമുക്ക് ലൌകികവാക്യങ്ങളിൽ നിന്ന് മനസ്സിലാകും അവന് ഉദാഹരണമാണ് ഓദനം പചതി എന്ന് പറയും ചോറ് വേവിക്കുന്നു എന്ന് പറഞ്ഞെന്താ അതിന്റെ താല്പര്യം ബന്ധു കഴിഞ്ഞാലേ ചോറാകത്തുള്ളു അപ്പൊ ചോറ് ആരും വേവിക്കാറില്ല അരിയാണ് വേവിക്കുന്നത് പക്ഷെ എന്നാലും നമ്മൾ പറയാറുണ്ട് എന്താണോ ചോറ് വേവിക്കുന്നത് അപ്പോൾ ഇങ്ങനെയെല്ലാം പറയുന്നിടത്ത് അതിന്റെ വാച്യാർത്ഥത്തെ എടുത്തിട്ട് ആ വാച്യാർത്ഥമാണ് ശരിയെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത് അനുഭവത്തിന് യുക്തിക്കുന്നിടക്കുന്നതാണ് എന്തുകൊണ്ട് ആരും തന്നെ ചോറ് വേവിക്കാറില്ല എന്ത് കഴിഞ്ഞേ ചോറാകത്തുള്ളൂ എന്നാലും നമ്മൾ അരിയെ വേവിക്കുന്നു എന്ന് പറയുന്നതിന് പകരം ചിലപ്പോൾ ചോറ് ഉപയോഗിക്കുന്നു പറയാറുണ്ട് ഈ പാചകമെന്ന് പറയുന്നത് ഈ വേദാന്തത്തിലെ വലിയൊരു ദൃഷ്ടാന്തമാണ് പല ഭാഗങ്ങളിലും ഈ പാചകത്തിലൂടെയാണ് കാര്യത്തെ മനസ്സിലാക്കുന്നത് ഭക്ഷണമായിട്ട് അദ്വിതയൊക്കെ വല്ലാത്തൊരു ബന്ധമുണ്ട് അത് പല ഭാഗത്തിലും ഇവിടെ അത് വരികയാണ് വാക്യത്തെ എടുത്തുകൊണ്ട് വസ്തുത്തിൽ ഈ വാക്യം മുതൽ പ്രത്യക്ഷമായി തോന്നുന്ന ഒരർത്ഥം എന്നാൽ ഒരു വാസ്തവത്തിന്റെ അർത്ഥം രണ്ടും വളരെ ഭിന്നമാണ് അതുകൊണ്ട് അദ്വൈത ശാസ്ത്രത്തിൽ ഈ പാചകത്തെ നമ്മളതിലൂടെ ചർച്ച ചെയ്തിട്ടുണ്ട് ഗീതയുടെ ശാസ്ത്രീയമായി അത് അദ്വൈതികൾക്ക് അത് കിട്ടിയത് പൂർവമിമാസകരാണ് പല തത്വങ്ങളെയും പാചകത്തിലൂടെയാണ് വെളിപ്പെടുത്തുന്നത് ഒരു വിരോധാഭാസം പോലെ തോന്നും ചിലരുന്നോട് ചോദിച്ചിട്ടുണ്ട് സ്വാമിയന്തിനായി പാചകത്തെക്കുറിച്ചും ഭക്ഷണത്തെക്കുറിച്ചും ഒക്കെ ഇത്രയും ചർച്ച ചെയ്യുന്നു അതും ഇതുമായിട്ടെന്താ ബന്ധം നിർഗുണമായ ആത്മാവിനെ കുറിച്ച് പറയുന്നത് ഇതൊക്കെ എന്തിനാ പറയാം അതൊക്കെ ആവശ്യമല്ലേ എന്ന് ചൊല്ലി ചിന്തിച്ചിട്ടുണ്ട് ചോദിച്ചിട്ടുമുണ്ട് എന്നോട് അതീ മീമാംസാ ശാസ്ത്രങ്ങളിലുള്ള പരിചയക്കുറവുകൊണ്ടാണ് അവിടെ ഇതൊരു പ്രധാനമായ വിഷയമാണ് ഇവിടെ അത് എന്നെ പറയുന്നു ഇവിടെ അത് കൂടുതൽ വിശദീകരിക്കുന്നില്ല അജാതപാതമായിരുന്നു പക്ഷെ മറ്റു ഭാഗങ്ങളും വിശദീ ഓദനം പരിധി എന്ന് പറയുന്നിടത്ത് ചോറ് വേവിക്കുന്നു എന്ന് പറയുന്നത് എന്താണ് അത് അസംബന്ധമാണ് പക്ഷെ ഒരാൾ അതിന്റെ അർത്ഥത്തെ വിട്ടിട്ട് അതിൽ വാച്ചി പിടിക്കുകയാണ് ചോറ് വേവിക്കുന്നു എന്ന് പറഞ്ഞാൽ ചോറ് വേവിക്കുന്നു തന്നെയാണ് അതിന്റെ അർത്ഥം വേറെ അർത്ഥം അത് കല്പിക്കാൻ പാടില്ല കാരണം ഓദിനെന്ന് പറഞ്ഞ ആ വാക്കിന്റെ അർത്ഥം എന്താണ് ചോറ് വെന്തായിരിക്കും അതാണ് ചോറ് പചരിന്ന് വെച്ചാൽ പാകം ചെയ്യുന്നു അതുകൊണ്ട് ഈ വാക്യത്തിന്റെ അർത്ഥം ഇങ്ങനെ എടുക്കാവും എന്നൊരാള് വാശി പിടിച്ചാൽ ഇതുപോലെയുള്ള ഒരു വാശിയാണ് പൂർവ്വകാന്ഡത്തിലെ വാക്യങ്ങൾക്ക് അർത്ഥം കല്പിക്കുമ്പോൾ ഈ താർക്കികന്മാരും മറ്റും ചെയ്യുന്നു അങ്ങനെ വാച്ചുപിടിക്കുന്നതിൽ അർത്ഥമില്ല വാശി പിടിക്കുന്നത് ശരിയുമല്ല വാക്യാർത്ഥത്തെ നമുക്ക് ഉപേക്ഷിക്കേണ്ടി വരും മറിച്ച് പറയുന്നതിന്റെ താത്പര്യത്തെ എടുക്കേണ്ടി വക്താവിന്റെ വിവക്ഷിയിലെത്തിച്ചേരണം വക്താവ് എന്താ ഉദ്ദേശിച്ചത് പറഞ്ഞയാളെന്താ നമ്മളെ ബോധിപ്പിക്കാൻ ഉദ്ദേശിച്ചത് പിന്നെ എന്തുകൊണ്ട് പറഞ്ഞു പറയുന്ന നേരെ പറഞ്ഞാൽ പോരേന്ന് ചോദിക്കും പറയുന്നതിന് ശൈലി ഭേദങ്ങൾ കാലദേശങ്ങൾക്കനുസരിച്ച് വരുന്ന ശൈലി ഭേദങ്ങൾക്കനുസരിച്ച് ഓരോന്നിനെ ഓരോ തരത്തിൽ ബോധിപ്പിക്കും അങ്ങനെ ഒരു ബോധ്യപ്പെടുത്തലാണത് ഓതനം പദ്ധതി എന്ന് പറയും ചോറ് പറയുന്നു അവിടെ വാചാർത്ഥത്തിൽ പിടിച്ചുകൊണ്ട് ഇതാണ് സത്യമെന്നും വാശി പിടിക്കരുത് അങ്ങനെ വാശി പിടിച്ചു കഴിഞ്ഞാൽ ദ്വൈതം വാസ്തവമാണെന്നും സൃഷ്ടിവാസ്തവമാണെന്നും നമുക്ക് പറയേണ്ടി വരും മറിച്ച് വിടെ എങ്ങനെ മനസ്സിലാകണം ബോധനം പചതി എന്ന് പറഞ്ഞാൽ അരി വേയിക്കുന്നു തന്നെ അർത്ഥമെടുക്കാം ചോറ് വേവിക്കുന്നു എന്നല്ല എന്ത് കഴിഞ്ഞ് അത് ചോറാകും അതാണ് ഇവിടെ പറയുന്നത് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന അർത്ഥത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ട് പറയുക പദാർത്ഥത്തെ വാക്യാർത്ഥത്തെ അല്ല ഇവിടെ എടുക്കേണ്ടത് അതുപോലെ ആ അന്യനായിരിക്കുന്ന തന്നിൽ നിന്നും അന്യനായിരിക്കുന്ന പരമാത്മാവ് പരമാർത്ഥത്തിൽ ആ ഈ ജഗത്തിനെ സൃഷ്ടിച്ചു എന്നും മറ്റും അർത്ഥം തോന്നത്തക്ക തരത്തിലുള്ള വാക്യങ്ങളെയും എന്താണ് ഭവിഷ്യത് വൃത്തിയായി എടുക്കണം എന്ന് പറഞ്ഞാൽ എന്താണ് ഉത്തരകാന്ഡത്തിൽ ആ വിഷയങ്ങൾ എങ്ങനെയാണോ പറഞ്ഞിരിക്കുന്നത് അവിടെയാണ് പരമാർത്ഥം പറയുന്നത് അവിടെ എന്ത് താല്പര്യത്തിലാണോ പറഞ്ഞത് ആ താൽപ്പര്യത്തെ ഉഗ്രഹിച്ചുകൊണ്ട് അതിനനുസരിച്ച് പൂർവ്വകാന്ഡത്തെ മനസ്സിലാക്കണം ഇല്ലെങ്കിൽ ഇത് രണ്ടും പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണെന്ന് തോന്നുന്നു ഇത് വേദത്തിന് വേണ്ടി പ്രത്യേകം അദ്വൈതത്തെ സമ്മർദ്ദിക്കാൻ വേണ്ടി പ്രത്യേകം ഉണ്ടാക്കിയ ഒരു നിയമമല്ല നമ്മുടെ ലോകവ്യവഹാരത്തിലും സാധാരണ ഭാഷയിലും ഇത്തരത്തിലുള്ള പദപ്രയോഗങ്ങളും വാക്യങ്ങളും പ്രയോഗിക്കാറുണ്ട് അവിടെയെല്ലാം നമ്മളെന്താണ് ആ സാഹചര്യമനുസരിച്ച് സന്ദർഭമനുസരിച്ച് ശരിയായ അർത്ഥത്തെ ഗ്രഹിക്കുന്നു വാച്ചിയർത്ഥത്തെ ഉപേക്ഷിക്കുന്നു വിപക്ഷെ വക്താവിന്റെ താൽപര്യത്തെ സ്വീകരിക്കുന്നു അതുതന്നെയാണ് ലൌകികമായ വാക്യങ്ങൾ എങ്ങനെയാണോ നമ്മൾ താൽപര്യത്തെ ഗ്രഹിക്കുന്ന അതുപോലെ ശ്രീവാക്യത്തെയും സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇവിടെ പരസ്പര വിരുദ്ധമല്ല ശ്രീ എന്താണോ ബോധിപ്പിക്കാൻ ആഗ്രഹിച്ചത് അത് തന്നെ മനസ്സിലാക്കാം എന്നാണ് തദ്വി ഭേദവാക്യാനം കഥാചിത മുഖ്യ ഭേദാർത്ഥത്വം ഉപവദി ഭേദവാക്യങ്ങൾ ഭേദത്തെ ബോധിപ്പിക്കുന്നു എന്ന് പ്രതീതമാകുന്ന വാക്യങ്ങൾ ഭേദവാക്യങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ഭേദത്തെ ബോധിപ്പിക്കുന്നു ജീവീശ്വര ഭേദത്തെയോ ജഗത് ഭേദത്തെയോ ഒന്നും ബോധിപ്പിക്കുന്നുവെന്നല്ല അതുപോലെ തോന്നുന്ന പ്രതീതമാകുന്ന ആ വാക്യങ്ങൾ ഒരിക്കലും മുഖ്യമായ രീതിയിൽ ആ ഭേദാർത്ഥത്തെ ബോധിപ്പിക്കുകയല്ല ഇവിടെന്തിന് ശ്രുതിയിലേക്കെല്ലാം പോകുന്നു കാരണം പറഞ്ഞല്ലോ ഇവിടെ പറയുന്ന ഈ അദ്വൈതത്വം സ്വ തപോലെ കത്തീതമാണെന്ന് ആരും ഇത് ശ്രുതി ശ്രുതിസമ്മതമാണ് ആചാര്യസമ്മതമാണ് അങ്ങനെ അല്ലാതെ വന്നു കഴിഞ്ഞാൽ ആ സമ്പ്രദായത്തെ പിന്തുടരുന്നില്ല എന്ന് വന്നു കഴിഞ്ഞാൽ ഓരോരുത്തർക്കും അവരവർക്കുള്ള ഏത് സിദ്ധാന്തവും പറയാം ഇതെന്റെ കണ്ടെത്തലാണ് ഇത് നിങ്ങൾ അംഗീകരിക്കണമെന്ന് ആർക്കും ആവശ്യപ്പെടാം അത് വരാതിരിക്കുന്നതിന് വേണ്ടി ഇവിടെ സമ്പ്രദായത്തെ അംഗീകരിക്കുന്നു ശ്രുതിയെ സ്വീകരിക്കുന്നു പൂർവാചാര്യന്മാരെ ആദരിക്കുന്നു അവരെ പ്രമാണമായി സ്വീകരിക്കുന്നു അവരുടെ വാക്യങ്ങളെ പ്രമാണമായി സ്വീകരിച്ചുകൊണ്ട് ഇതിനെ അദ്വൈതാക്ക തത്വത്തെ ഉറപ്പിക്കുകയാണ് അതുകൊണ്ട് ആ വാക്യങ്ങൾക്കൊന്നും ഒരിക്കലും ഭേദാർത്ഥത്തെ സ്വീകരിക്കരുത് സ്വാഭാവിക അവിദ്യാവേദൃ അനുവാദിത്വ ആത്മഭേദവാക്യാന സ്വാഭാവികമായിരിക്കുന്ന എന്ന് പറഞ്ഞാൽ അനാദിയായിരിക്കുന്ന അവിദ്യ ആവിദ്യയോടുകൂടിയിരിക്കുന്നവനാണ് ഈ പ്രാണി ജീവന്മാര് ഇവിടെ ചിന്തിക്കുന്ന പ്രാണി മനുഷ്യനെ ഉദ്ദേശിച്ച് പറയുകയാണ് ഈ മനുഷ്യരെല്ലാം എന്താണ് ജീവന്മാരെല്ലാം അനാദിയായ അവധിയോടുകൂടിയിരിക്കുകയാണ് ആ അവിധിയുടെ ഫലമാണ് ഭേദദൃഷ്ടി ആ ഭേദദൃഷ്ടിയെ പൂർണമായും നിരാകരിച്ചുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയാതെ ഒരു തത്വം നമ്മളെ ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നു ആ തത്വത്തെ നമ്മളെ ബോധിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ശ്രോതാവിന്റെ നിലയെ മനസ്സിലാക്കാതെ ശ്രോതാവിന്റെ നിലയെ മനസ്സിലാക്കാതെ ശ്രോതാവിന് ഗ്രഹിക്കാൻ പറ്റാത്ത തരത്തിൽ ആ തത്വത്തെ ബോധിപ്പിച്ചാൽ അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല ബോധിപ്പിക്കുന്ന ഗുരുവിന് അത് അന്യനെ ബോധിപ്പിച്ചിട്ട് ലാഭമൊന്നുമില്ല ഏതൊരു ശ്രോതാവിനെയാണോ ബോധിപ്പിച്ചത് അവനത് ഗ്രഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവനും അതുകൊണ്ട് പ്രയോജനമില്ല അപ്പൊ അത് നിഷ്പ്രയോജനമായിത്തീരും അങ്ങനെയുള്ള പ്രവർത്തികൾ അതുകൊണ്ടിവിടെ പറയുന്നു അനാദിയായിരിക്കുന്ന ഈ അജ്ഞാനം ആ അജ്ഞാനത്തിന് കീഴ്പ്പെട്ടിരിക്കുന്ന ഈ ജീവൻ അവന്റെ ആ ഭേദദൃഷ്ടിയെ അനുവാദിത്തുവാൻ ആ ഭേദദൃഷ്ടിയനുസരിച്ച് അതിനെ കുറെയൊക്കെ അംഗീകരിച്ചും കുറെയൊക്കെ സമ്മതിച്ചും പരമാർത്ഥത്തിന് നിരാകരിച്ചും അങ്ങനെ ഒരു ശൈലിയാണ് ആത്മഭേദവാക്യങ്ങളിലെല്ലാം സ്വീകരിച്ചിരിക്കുന്നത് നേരിട്ടങ്ങ് അദ്വൈതത്തെ ബോധിപ്പിച്ചു കഴിഞ്ഞാൽ അവനൊന്നും ബോധിക്കാൻ കഴിയത്തില്ല അതുകൊണ്ട് പൂർവ്വകാന്ഡത്തിനെന്ത് ചെയ്തു ആദ്യം ശരീരത്തിൽ നിന്നും ഭിന്നമായിട്ടുള്ള ഒരു ആത്മാവിനെ ബോധിപ്പിച്ചു ജീവനിൽ നിന്നും അന്യനായിരിക്കുന്ന ഒരു ഈശ്വരനെ ബോധിപ്പിച്ചു അങ്ങനെ ക്രമേണ ആ അവിദ്യയിൽ നിന്ന് അവനെ മോചിപ്പിക്കുന്നതിന് വേണ്ടി അവന്റെ അവിദ്യാ സംസ്കാരമനുസരിച്ച് ഭേദവാക്യങ്ങൾ ആദ്യം വെളിപ്പെടുത്തി അതുകൊണ്ട് അവന്റെ ചിത്തത്തെ സംസ്കരിച്ച് അതിനാണല്ലോ കർമ്മകാണ്ഡത്തെ ഉപദേശിച്ചത് ആ കർമ്മങ്ങളിലൂടെ അവന്റെ ചിത്ത സംസ്കാരം വന്ന് അനുഷ്ഠാനങ്ങളിലൂടെ അവന് അന്ധശുദ്ധിയുണ്ടായി ഒടുവിൽ ജ്ഞാനകാന്ഡത്തിലേക്ക് വന്നു പരമാർത്ഥത്തെ ബോധിപ്പിക്കുന്നു ഇതാണ് വേദം സ്വീകരിക്കുന്ന രീതി ഈ ശൈലിയെ മനസ്സിലാക്കാതെ പൂർവകാന്ഡം ആണ് സത്യം അതിനപ്പുറം ഒന്നും ഇല്ല എന്ന് വാശി പിടിക്കുന്ന അത് ആണ് കുതർക്കം എന്നിവിടെ പറഞ്ഞത് ഇഹ ഉപൻഷു ഉത്പത്തി പ്രളയാദിവാക്യ ജീവപരമാത്മനോരേകം ഇവിടെ വന്നപ്പോ ഉത്തരകാണ്ഡത്തിലേക്ക് വന്നപ്പോ ഇവിടെയും പറയുന്നുണ്ട് ഉത്പത്തി പ്രളയങ്ങളെ കുറിച്ചെല്ലാം പറയുന്നുണ്ട് നേരത്തെ വാക്യങ്ങളെല്ലാം ഉദ്ധരിച്ചു ഈ വാക്യങ്ങളിലൂടെ എന്താണ് അങ്ങനെ സംസ്കരിക്കപ്പെട്ട ജീവന് പരമാർത്ഥത്തെ ബോധിപ്പിക്കുകയാണ് അതെന്താണ് ജീവപരമാത്മ ഏകത്വമാണ് അത് ബോധിക്കാതെ എന്നും ആ ഭേദത്തിലാണ് ഇരിക്കുന്നതെങ്കിൽ അത് കേവലം അജ്ഞാനത്തിന്റെ ഫലമാണ് മുഴുവൻ തുടങ്ങുന്ന അവിടെ നിന്നാണ് ഭേദദൃഷ്ട്ടീവീശ്വര ഭേദത്തിൽ നിന്നാണ് അവന്റെ ആധ്യാത്മീയത്തിന്റെ തുടങ്ങുന്നത് അതുകൊണ്ടാണ് പൂർവ്വകാന്ഡം വേണ്ടി വന്നത് പക്ഷെ അതിൽ അവസാനിക്കാൻ പാടില്ല അതിനെ നിരാകരിച്ചുകൊണ്ട് പരമസത്യത്തിലാണ് അവന്റെ ജിജ്ഞാസ് ശ്രമിക്കേണ്ടത് അതാണ് പ്രതിവിവാദയിഷിതം എന്താണോ ബോധിപ്പിക്കാൻ ഉദ്ദേശിച്ചത് അതാണ് അപ്പോൾ ആ ഏകത്വത്തെ പരമാർത്ഥത്തെ ബോധിപ്പിക്കുന്നു അതാണ് തത്വമസി അന്യ അസു അന്യോഹം അസ്മീതി നസവേദ ഇത്യാദി അത് അവിടെ തത്വമസി അവിടെ ആ പരമാർത്ഥികമായ നിരയിൽ പരമാർത്ഥത്തെ ബോധിപ്പിക്കുമ്പോൾ സത്യത്തെ ബോധിപ്പിക്കുമ്പോൾ അന്യോ അസോ അന്യോഹം അസ്മീതി ന സവേദം അവൻ മനസ്സിലാക്കുന്നു എന്താണ് അവൻ അന്യനാണ് അസൗ അന്യനാണ് ആ പരൻ പൂർവകണ്ഡത്തിൽ നിർദ്ദേശിച്ച പരൻ അന്യനാണ് അന്യോഹമസ്മി ഞാൻ വേറെയാണ് എന്ന് സവേത അവൻ അറിയുന്നില്ല പൂർവ്വകണ്ഡത്തിൽ അവൻ അറിയുന്നുണ്ട് ഞാൻ വേറെയാണ് ആ പരൻ വേറെയാണ് പക്ഷേ ആ പരമാർത്ഥത്തെ ബോധിപ്പിക്കുമ്പോ എങ്ങനെ തത്വമസി എന്നുള്ള ഉപദേശത്തിലൂടെ അവൻ ആ പരമാർത്ഥത്തെ സാക്ഷാത്കരിക്കുമ്പോ അന്യോ അസോ അവൻ വേറെയാണ് പൂർവ്വകണ്ഡത്തിൽ ബോധിപ്പിച്ച പരൻ വേറെയാണ് അഹം അസ്മി അന്യഹ ഞാൻ വേറെയാണ് ഇങ്ങനെയല്ല അവൻ ബോധിപ്പിക്കുന്നത് എന്ന് മാത്രമല്ല നസവേദ അവൻ അക്കാര്യം അറിയുന്നേ അദ്വൈത അനുഭൂതിയിൽ ആ ഭേദബോധം നിലനിൽക്കുന്നില്ല അപ്പൊ ഇത് യുക്തിക്ക് നിരക്കുന്നതാണ് സമ്പ്രദായത്തെ അനുസരിക്കുന്നതാണ് പൂർവാചാരി സമ്മതമാണ് ആത്യന്തികമായി ുഭൂതിനിഷ്ഠവുമാണ് എന്ന് പറഞ്ഞാണ് ആ വിഷയം ഇവിടെ അവസാനിപ്പിക്കുന്നു ജീവാത്മനോ പൃഥത്വം പ്രാഗത്തെ കീർത്തി തവിഷ്യന്യാഗണം തദ് മുഖ്യത്വം ഹി നുജ്യത്തെ ാന്തിഹി ഓം ശിവ